ഗുരുസ്മരണയോടുകൂടി കൂന്നാം മതി അത് ഞാൻ വായിക്കാം വ്രതം परमे പരമേ പരാർ തോ ബ്രഹ്മവിദോ വ പഞ്ചാഗ്നയോ എത്രചിക്േതേതുരീജം ബ്രഹ്മയത് പരം അഭയം തിതീർത്തം പാരം നാചിക്േതം ശേമഹി आत्मानं रधिनं ത്മാനം രഥിദ്ധി ശരീരമരഥമേ ബുദ്ധിം സാരഥി മന പ്രഗ്രഹമേ ഇന്ദ്രി ഹയാഹു വിഷയാൻ തേഷഗോചരാൻ ആത്മീന്ദ്രിമനോയുക്ത ഭഹിണ യാനവ്ന മനസ്രിയാണവശ്യ ദുഷ്ടാശ്വാ ഇവ സാരീ युक्तेन मनसा सदा യുവാ യുക്ത മനസിയ സദസ്വാ ഇവ സാര അവി അമനസ്കാശ്രുചി നദമാോതി സംസാരം ചാധിഗതിസ്വതി സമനസ്കാശുചി സു തത്പദമാതിസ്മായത് തൃതീയവല്ലിന്റെ ആദ്യത്തെ മന്ത്രമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ജീവൻ അവശ്യംഭാവിയായ കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ കഴിയുന്നു അത് പ്രകടമാകുന്നത് അന്ധക്കരണത്തിലാണ് അവിടെത്തന്നെ ഈശ്വരനുമുണ്ട് ഈശ്വരൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല ഇത് നേടിലും വെളിച്ചവും പോലെയാണ് ഈശ്വരൻ വെളിച്ചമാണ് ജീവനൊര നീളുപോലെയാണ് ഈ കാര്യം ബ്രഹ്മവിത്തുക്കൾ പറയുന്നു എന്നാണ് ബ്രഹ്മവിദോ വന്ന അതിന്റെ ഭാഷ്യമാണ് നമ്മൾ വായിച്ചത് പക്ഷേ അതിന്റെ അവസാന ഭാഗമാവും ഭാഷ്യത്തിന്റെ അവസാന ഭാഗം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് വ്യാഖ്യാനിച്ചത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പുസ്തകം ശരിയായിരുന്നില്ല അത് ഒരു ഭാഗം കൂടെ നോക്കണം ഞാൻ വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റി എന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് പിന്നീട് പുസ്തകത്തിനും ചെറിയ വ്യത്യാസമുണ്ട് നമ്മർമിണ വരിക്ക പഞ്ചാഗ്നെയോ ഗൃഹസ്ഥാഹ ത്രിനാചാ ത്രികൃത്തോ നാചികേതോ അഗ്നി ചിതോചികേതാ എന്നാണ് ശരിക്കുള്ള പാഠം അതനുസരിച്ച് അർത്ഥം പറയുമ്പോൾ അകർമ്മിണ വീക്കാര്യം പറയുന്നത് കേവലം അകർമ്മികൾ മാത്രമല്ല അകർമ്മികൾ എന്ന് പറയുന്നത് ബ്രഹ്മവിത്തുകൾ കേവലം അകർമ്മികൾ മാത്രമല്ല ഇക്കാര്യം പറയുന്നത് പഞ്ചാഗ്നെയോ പഞ്ചാഗ്നി വിദ്യ ഉപാസിക്കുന്നവർ ഗൃഹസ്ഥാഹ ഗ്രഹസ്ഥന്മാർ അവരും പറയുന്നുണ്ട് എന്നാണ് പഞ്ചാഗിനി വിദ്യ ചാന്തത്തിനും മറ്റും പറയുന്നുണ്ട് പഞ്ചാഗിന് വിദ്യ അതിന്റെ ഉപാസകന്മാർ അവർ പറയുന്നുണ്ട് അതുപോലെ തൃണാച്ചേത ോ അഗ്നി ചിതോ യമദേവൻ നചികേതന് ഉപദേശിച്ചു കൊടുത്ത അഗ്നിവിദ്യ അതിന്റെ ഉപാസകന്മാര് അവരും എല്ലാവരും ഇക്കാര്യം സംസാരിക്കുന്നുണ്ട് എന്താണ് ഈശ്വരൻ അസംസാരിയാണ് ഈ ശരീരത്തിനുള്ളിൽ ഇരിക്കെ തന്നെ ഈശ്വരന് സംസാര ബന്ധങ്ങളെല്ലാം കൂട്ടർ എല്ലാവരും സമ്മതിക്കുന്നു എന്നാണ് ിരിക്കുന്ന മലയാളം പുസ്തകത്തിനും ചെറിയ ചെറിയ തെറ്റുകളുണ്ട് എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ സംസ്കൃത പുസ്തകത്തിനു കൊണ്ട് ചെറിയ തെറ്റുകൾ ചെറിയ തെറ്റാണെങ്കിലും ചിലപ്പോൾ അർത്ഥം പറയുമ്പോൾ മാറിപ്പോകും ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് നോക്കണം അത് തെറ്റാണെങ്കിലും തിരുത്തി പോകണം അടുത്ത ഈ മന്ത്രത്തിൽ പറയുന്നതാണ് ഈ ശരീരത്തിനുള്ളിൽ അന്ധകരണത്തിന് ഈശ്വരൻ അസംസാരിയായി സ്ഥിതി ചെയ്യുന്നു എന്നാണ് അടുത്ത മന്ത്രം നാം അക്ഷരം ബ്രഹ്മ അഭയം തിതീർച്ച പാരം േതംമഹി യേതൊരുവനാണോ ഏതൊരു പരമാത്മാവാണോ സേതു അതിന ഭാഷകാരം വ്യഖ്യാനിക്കുന്നത് സേതുരിവ സേതു എന്ന് പറഞ്ഞാൽ പാലം നദികളും മറ്റും മറികടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പാലം അതാണ് സേതു അണക്കെട്ട് അതിന് സേതു എന്ന് പറയും സേതുരിവ ഒരു അണക്കെട്ട് പോലെയാണ് ആ പരമാത്മാവ് സേതു ഈജാന ഈജാനന്മാർ അതിന്റെ അർത്ഥമാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് യജമാനാനാം യജമാനന്മാർക്ക് എന്ന് പറഞ്ഞാൽ കർമ്മിണ കർമ്മികൾ ഗ്രഹസ്ഥന്മാര് ഗ്രഹസ്ഥന്മാരായിരിക്കുന്ന കർമ്മികൾക്ക് യജമാനന്മാർക്ക് യാഗവും മറ്റും അനുഷ്ഠിക്കുന്നവർക്ക് ഒരു പാലം പോലെയാണ് എന്തിനാണ് ആ പാലം ഉപകരിക്കുന്നത് ദുഃഖസന്തിരണാർത്ഥത്വ ദുഃഖത്തെ മറികടക്കുന്നതിന് ഈ സാംസാരിക ദുഃഖങ്ങളെ മറികടക്കുന്നതിന് ഒരു പാലം പോലെയിരിക്കുന്നു എന്താണ് യമദേവൻ നജികേതത്തിന് ഉപദേശിച്ചുകൊടുത്ത അഗ്നി അഗ്നി വിദ്യ നാജികേതോ അഗ്നി അഗ്നി വിദ്യ പരമാത്മാവിനെ പോലെ പരമാത്മാവിങ്ങനെയാണോ ഈ സംസാരത്തെ മറികടക്കുന്നതിന് ഒരു സേതുവിനെ പോലെ സ്ഥിതി ചെയ്യുന്നു ജീവന്മാർക്ക് അതുപോലെ ഈ അഗ്നിവിദ്യയും ഈ സംസാരത്തെ മറികടക്കുന്നതിന് ദുഃഖത്തെ സന്തരണം ചെയ്യുന്നതിന് ഒരു പാലമായിരിക്കുന്നു നാചികേതു അഗ്നി തം മയം ആ അഗ്നിയെ ഞങ്ങൾ ഞാതും ചേതും ആ ജ്ഞാതും അറിയുന്നതിന് അതിൻ്റെ വിധി വിധാനങ്ങളെല്ലാം മനസ്സിലാക്കുന്നതിനും ചെയ്തും അനുഷ്ഠിക്കുന്നതിനും ഞങ്ങൾ ശക്തരാണ് അതിന് ശക്തരായവർ ഉണ്ടായിരുന്നു ഈ അഗ്നിവിദ്യയെ മനസ്സിലാക്കാനും അനുഷ്ഠിക്കാനും കഴിവുള്ളവർ കിഞ്ച മാത്രമല്ല യയം ഭയശൂന്യം സംസാരപാരം തിഷതാം തർത്താം ബ്രഹ്മവിദാം പരം ആശ്രയം അക്ഷരം ആത്മാഖ്യം ബ്രഹ്മ തച്ച ജാതു ശക്േമഹി ശക്വന്ത അത് മാത്രമല്ല അഭയസ്വരൂപമായിരിക്കുന്ന അതിന് വ്യാഖ്യാനിക്കേണു അഭയമെന്നാണ് മന്ത്രത്തിനുള്ളത് ഭാഷികാരൻ വ്യാഖ്യാനിക്കുന്നു ഭയശൂന്യം ഭയൂന്യമായ എന്താണ് ഭയരഹിതമായിരിക്കുന്നത് മറുകര അത് ഭയശൂന്യമാണ് സംസാരം സമുദ്രതുല്യമാണ് അത് ഭയത്തെ ഉണ്ടാക്കുന്നതാണ് മറികടക്കാൻ പ്രയാസമുള്ളതാണ് പക്ഷേ ഇതിന്റെ മറുകര സംസാരപാരം പരമാത്മാവ് അത് ഭയശൂന്യമാണ് അവിടെ ഭയക്കാനൊന്നുമില്ല അഭയസ്ഥാനമാണ് അതിനെ സ്ഥിതീഷ് മന്ത്രമാണ് അതിന്റെ വ്യാഖ്യാനമാണ് ഭാഷ അതിനെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആരാണ് അതിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് അടുത്ത് പറയുന്നത് ബ്രഹ്മവിധാം ബ്രഹ്മവിത്തുക്കളാണ് അതിനെ ബ്രഹ്മജ്ഞാനികളതിനെ അതിനെ മറികടക്കാൻ ആഗ്രഹിക്കുന്നവർ അവർക്ക് പരം ആശ്രയം അവർക്ക് പരമമായ ആശ്രയമായിരിക്കുന്നത് അന്തിമമായ ആശ്രയമായിരിക്കുന്നത് സർവോപരിയായ ആശ്രയമായിരിക്കുന്നത് അതെന്താണ് അക്ഷരം അത് അക്ഷരമാണ് അതിനെ തന്നെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നതാണ് ആത്മാഖ്യം ആത്മാഖ്യ ആത്മാ എന്നാണ് അതിന്റെ പേര് ആത്മാവെന്നറിയപ്പെടുന്നതാണ് അതുതന്നെയാണ് എന്ത് ബ്രഹ്മ ആത്മാവിനെ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് കഴിവുള്ളവരാണ് മറ്റുള്ളവർ അതിന് കഴിവുള്ളവരായിത്തീരണം എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യം നാശികീയത് അഗ്നിയെക്കുറിച്ച് പറഞ്ഞു രണ്ടാമത് ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു അപ്പൊ ഇത് രണ്ടും ഈ ദുഃഖത്തെ തരണം ചെയ്യുന്നതിന് സഹായിക്കുന്നതാണെന്ന് പറഞ്ഞു ആ രണ്ട് പദങ്ങളുടെയും പാദങ്ങളുടെയും അർത്ഥത്തെ ഭാഷ്യകാരനടുത്ത് സംഗ്രഹിച്ചു പറയുകയാണ് പര അപരേ ബ്രഹ്മണി കർമ്മ ബ്രഹ്മവിദാശ്രയേ വേദിദേവീതി വാക്യാർത്ഥ ആദ്യം പറഞ്ഞ അഗ്നിവിദ്യ അത് ഉപാസനയാണ് അതിലൂടെ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്നു ബ്രഹ്മലോകം വരെയുള്ള പ്രാപ്തി ഉണ്ടാകുന്നു രണ്ടാമത് പറഞ്ഞത് ആത്മവിദ്യ അതിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നു അതാണ് പരപരേ ബ്രഹ്മണി പരബ്രഹ്മം അപരബ്രഹ്മം അപരബ്രഹ്മം എന്ന് പറയുന്നത് ആണ് ഹിരണിഗർഭൻ എന്ന് പറയുന്നത് ബ്രഹ്മലോകത്തിന്റെ അധിപതിയായിരിക്കുന്നു ഈ ഉപാസനകളിലൂടെയെല്ലാം അങ്ങേറ്റം പ്രാപിക്കുന്നത് ആ അപരബ്രഹ്മത്തെയാണ് പരബ്രഹ്മം നിരുപാധികമായ പരമാത്മതും ഇത് രണ്ടും പര അപരെ ബ്രഹ്മണി കർമ്മ ബ്രഹ്മവിദാശ്രത് ബ്രഹ്മവിത്ത് രണ്ടു കൂട്ടരാണ് കർമ്മവിത്തുക്കൾക്ക് പരമാവധി എത്താന്നുള്ളത് അപര ബ്രഹ്മം വരെയാണ് രണ്യഗർഭസ്ഥാനം വരെയാണ് അതാണ് കർമ്മവിത്ത് എന്നാദ്യം പറയുന്നത് കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മ ഉപാസന ഈശ്വസൻഷത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കർമ്മ ബ്രഹ്മ കർമ്മവും ഉപാസനയും സമുച്ചയിച്ചനുഷ്ഠിക്കുന്നവർ അവരെയാണ് ഇവിടെ കർമ്മവിത്തുക്കൾ എന്ന് പറയുന്നത് ബ്രഹ്മവിത്തുകൾ ബ്രഹ്മജ്ഞാനികൾ ഇവർക്ക് ആശ്രയമായിരിക്കുന്നത് ഈ രണ്ടുപേരും ആശ്രയിക്കുന്നത് ഉപാസകന്മാർ ഭിരണ്ഗർഭനെ ഭിരണിഗർഭ ലോകത്തെ ആശ്രയിക്കുന്നു ജ്ഞാനികൾ ബ്രഹ്മവിത്തുക്കൾ പരബ്രഹ്മത്തെ ആശ്രയിക്കുന്നു ഇത് രണ്ടും വേദിദവ്യേ ഇത് രണ്ടും അറിയേണ്ടതാണ് ഈ ജി വാക്യാർത്ത എന്നാണ് ഈ വാക്യത്തിന്റെ താല്പര്യം ഈ മന്ത്ര താല്പര്യം അതാണ് കർമ്മത്തെയും ബ്രഹ്മത്തെയും രണ്ടിനെയും അറിയണം എന്നർത്ഥം അത് രണ്ടു കൂട്ടർക്കായിട്ടാണ് ഇവിടെ അദ്വൈതികൾ എന്ന് പറയുന്നത് ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയിട്ട് കർമ്മ ഉപാസനകൾ സന്യാസിമാർക്ക് വേണ്ടിയിട്ട് ബ്രഹ്മം അങ്ങനെയാണ് അദ്വൈതികളുടെ പക്ഷം ഇത് രണ്ടും മനസ്സിലാക്കേണ്ടതാണ് എന്നർത്ഥം ഏതയോ രേവാഹി ഉപന്യാസ കൃതം വൃതം പിബന്തു എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ നിർദ്ദേശിച്ചത് ഈ രണ്ട് കാര്യങ്ങളെയാണ് അതിന്റെ താൽപ്പര്യം പരമതാല്പര്യം ഇതിനാണ് എന്താണ് ഈ രണ്ട് മാർഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പ്രവൃത്തി മാർഗം മറ്റൊന്ന് നിവൃത്തി മാർഗം പ്രവൃത്തി മാർഗത്തിലൂടെ പരമാവധി ഹിരണ്യഗർഭലോകപ്രാപ്തി കാര്യബ്രഹ്മപ്രാപ്തി വരെയാണ് നിവൃത്തി മാർഗത്തിലൂടെ ജ്ഞാനം സമ്പാദിച്ച് മോക്ഷത്തെ പ്രാപിക്കുന്നു ഈ രണ്ടു കാര്യങ്ങളുമാണ് ഇവിടെ ചർച്ച ചെയ്തത് ഈ രണ്ടു മന്ത്രങ്ങളിലൂടെ ചർച്ച ചെയ്താണ് അതാണ് ഈ മന്ത്രത്തിന്റെ താല്പര്യം അത് ഞാൻ വായിക്കാവുന്നുകൂടി യ സേതുരി അക്ഷരം ബ്രഹ്മ യരം അഭയം തിതീക്ഷതാ പാരം നാചി കീതം ശകീമഹി തത്ര അടുത്ത മന്ത്രത്തിന്റെ ആമുഖമായി പറയുകയാണ് യത സംസാരീ വിദ്യാവിദ്യയോ അധികൃതോ മോക്ഷഗമനായ സംസാരഗമനായ ഇവിടെ രണ്ടു തരത്തിലുള്ള മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു ഒന്ന് പ്രവൃത്തി മാർഗം ഒന്ന് നിവൃത്തി മാർഗം തത്രയ ഉപാധികൃത സംസാരി അവിദ്യയാകുന്ന ഉപാധി ഉപാധികൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പരമാത്മാവിന്റെ ജീവഭാവം അല്ലെങ്കിൽ സംസാരിത്വം ജനന മരണ രൂപത്തിലുള്ള ഈ അവസ്ഥ അതാണ് ഉപാധികൃത സംസാരി ഉപാധികൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനായ സംസാരി എന്ന് പറയുമ്പോൾ ജീവൻ ഈ ജീവനാണ് വിദ്യ അവിദ്യയോരധികൃത വിദ്യയ്ക്കും അവിദ്യക്കും ജ്ഞാനത്തിനും കർമ്മത്തിനും അധികൃതൻ അധികാരിയായിരിക്കുന്നവൻ ഈ ജീവനാണ് അവൻ മോക്ഷഗമനായ സംസാരഗമനായ ഈ രണ്ടു കാര്യത്തിനും അവൻ അധികാരിയാണ് മോക്ഷത്തെ പ്രാപിക്കുന്നതിനും സംസാരത്തെ പ്രാപിക്കുന്നതിനും പ്രവൃത്തി മാർഗത്തിലൂടെ സംസാരത്തെ പ്രാപിക്കുന്നതിനും നിവൃത്തി മാർഗത്തിലൂടെ മോക്ഷത്തെ പ്രാപിക്കുന്നതിനും ഈ ജീവൻ അധികാരിയാണ് അങ്ങനെയുള്ള ആ ജീവന് തസ്യ തദ്ഭയഗമനെ ഈ രണ്ടും പ്രാപിക്കുന്നതാണ് മോക്ഷത്തെ പ്രാപിക്കുന്നതിനും മറിച്ച് സംസാരത്തെ പ്രാപിക്കുന്നതിനും സാധനോ അതിനുപായമായിരിക്കുന്ന രഥകല്പ്യത രഥകല്പനയാണ് ഇനി അടുത്തു വരുന്നത് ഉപനിഷത്തിൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന രഥരൂപകം അതാണ് ഈ തുടർന്നുവരുന്ന മന്ത്രങ്ങളിൽ ചർച്ച ചെയ്യുന്നതെന്നാണ് ഭക്ഷ്യകാരൻ പറയുന്നത് അത് ഈ ശരീരം ഇത് രണ്ടിനും ഈ സംസാരത്തെ തുടർന്ന് പ്രാപിക്കുന്നതിനും ഇത് ഈ സംസാരത്തെ വിട്ട് മോക്ഷത്തെ പ്രാപിക്കുന്നതിനും ഈ ശരീരത്തെ ഉപകരിക്കുന്നു അങ്ങനെ ഉപകരിക്കുന്ന ഈ രഥകൽപ്പന അതിനടുത്ത് പറയുന്ന ഒന്നാണ് മൂന്നാമത്തെ മന്ത്രം ആത്മാനം രഥിനം വിധി ശരീരം രഥമേവുദ്ധിം തു സാരഥിം വിദ്ധി മന്ത്രഭാഗത്തിന്റെ വ്യാഖ്യാനമാണ് <coughs> <coughs> ഇവിടെ പറഞ്ഞത് തത്ര ഈ രഥകല്പനയിൽ ആത്മാനം ആത്മാവിനെ ആത്മാവ് എന്നുള്ളതിന് വ്യാഖ്യാനിക്കുകയാണ് ഋർതപം ഋതം പിബന്തി എന്ന് പറഞ്ഞതാണ് ഇവിടെ ഈതപം എന്ന് പറഞ്ഞിരിക്കുന്നത് ഋർത്തപൻ ആയിരിക്കുന്നവനെ അതായത് കർമ്മഫലത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനെ അതാരാണ് സംസാരിണം സംസാരിയാണ് സംസാരി എന്ന് പറഞ്ഞാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ സംസാരിതം ജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു സംസരണം നടത്തിക്കൊണ്ടിരിക്കുന്നു സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു ജനന മരണങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവൻ അവനാണ് സംസാരി സംസാരിണം അതൊന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് രഥിനം രഥി അതിനൊന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ് രഥസ്വാമിനം രഥത്തിന്റെ സ്വാമി ആത്മാവാണ് ഇവിടത്തെ രഥസ്വാമി രഥസഞ്ചാരിയായിരിക്കുന്നവൻ ആത്മാവാണ് അപ്പൊ ആത്മാവനം എന്ന് പറയുന്ന പദത്തെയാണ് ഇത്രയും വ്യാഖ്യാനിച്ചത് ആത്മാവിനെ രഥസ്വാമിയായി രഥയാത്രികനായി വിധി ജാനീഹി മനസ്സിലാക്കൂ വിധി അതിന്റെ അർത്ഥമാണ് അടുത്ത മന്ത്രത്തിൽ വരുന്നത് ശരീരം രഥം ഏവതു അതിന് വ്യാഖ്യാനിക്കുന്നു ശരീരം രഥമേവതു ശരീരമാണ് രഥം ഈ ജീവനാണ് രഥസ്വാമിയായിരിക്കുന്നത് ആത്മാവ് ആത്മാവ് എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മാവെന്നുള്ള അർത്ഥം എടുക്കരുത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് സംസാരി എന്ന് പറഞ്ഞത് അപ്പൊ സംസാരിയായിരിക്കുന്ന ജീവനാണ് ഈ രഥ യാത്രികൻ ഈ ശരീരം ാണ് രഥം എന്തുകൊണ്ട് തന്നെ രഥമെന്ന് പറഞ്ഞു നമ്മൾ വിശദീകരിക്കുകയാണ് ശരീര രഥത്തിൽ കെട്ടിയിരിക്കുന്ന ഹയസ്ഥാനിയേ ഹി കുതിരകളെ പോലെ സാധാരണ രഥത്തിൽ കുതിരകളെ ബന്ധിച്ചിരിക്കുന്നു ആ കുതിരകളെ പോലെ കുതിരകൾക്ക് തുല്യമായി ഇന്ദ്രിയെ ആകർഷ്യമാണ് ത്വാർ ഇന്ദ്രിയങ്ങൾ വലിച്ചുകൊണ്ടുപോകുന്നുണ്ട് രഥത്തെ കുതിരകൾ വലിച്ചുകൊണ്ട് പോകുന്നു അതിൽ ബന്ധിച്ചിരിക്കുന്ന കുതിരകൾ ആ രഥത്തെ വലിച്ചുകൊണ്ടുപോകുന്നു ശരീര ഈ ശരീരത്തെയും എന്ത് ചെയ്യുന്നു ൾ വലിച്ചുകൊണ്ടുപോകുന്നു ഇന്ദ്രിയങ്ങൾ എങ്ങനെയാണോ നയിക്കുന്നത് ആ വഴിക്ക് ശരീരത്തിന് പോകാൻ കഴിയുന്നു ശരീരം നിസ്സഹായമായ ഒരു വസ്തുവാണ് രഥം നിസ്സഹായമായ ഒരു വസ്തുവാണ് രഥത്തെ കുതിരകൾ എങ്ങനെ വലിച്ചുകൊണ്ടുപോകുന്നു ആ വഴിക്കെല്ലാം സഞ്ചരിക്കുന്നു ഈ ശരീരം അതുപോലെ തന്നെ സന്മാർഗത്തിലൂടെ ഇന്ദ്രിയങ്ങൾ നയിക്കുന്ന വഴി അതിന് പോകാൻ കഴിയത്തുള്ളൂ കാരണം ഇന്ദ്രിയങ്ങളുടെ ഗതിക്ക് അധീനമാണ് ശരീരത്തിന്റെ ഗതി ഇപ്പൊ ശരീരത്തിന്റെ ഗമനം എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതും മാത്രമല്ല ജനന മരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗതി ഇന്ദ്രിയാധീനമാണ് അതിനോട് ഗതി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജന്മത്തെയും മരണത്തെയും കൂടെ ഇന്ദ്രിയങ്ങളാണ് ഈ ശരീരത്തിന് ജനന മരണങ്ങളെല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നു എങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്നു അറിവിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അതായത് കർമ്മങ്ങൾ ചെയ്യുന്നു ആ പ്രവൃത്തിയുടെ ഫലമായിട്ട് ജന്മം മരണം ഇത് രണ്ട് സംഭവിക്കുന്നു അപ്പോൾ ജനന ജീവിതം മാത്രമല്ല ജനനവും മരണവും കൂടി ചേർന്നതാണ് ശരീരത്തിന്റെ ഗതി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ശരീരങ്ങൾ സ്വീകരിക്കുന്നു നിലവിലുള്ള ശരീരങ്ങൾ ഉപേക്ഷിക്കുന്നു ഇതെല്ലാം ശരീരത്തിന്റെ ഗമനമാണ് ഇതിന് നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ ഇവിടെ കുതിരകളെന്ന് പറഞ്ഞു രഥത്തിലെ കുതിരകളാണെന്ന് പറഞ്ഞു ശരീരമാകുന്ന രഥത്തിലെ കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ അടുത്ത മന്ത്രത്തിൽ പറയുന്നത് ബുദ്ധിം തുസാരഥിം വിധി അതിന്റെ ഭാഷയമാണ് ബുദ്ധിം തു്യവസായ ലക്ഷണം സാരഥിം വിധി ബുദ്ധി നേതൃപ്രധാന ശരീര സാരഥി നേതൃപ്രധാന ഇവ രഥ രഥസ്വാമി എന്ന് ജീവനം പറഞ്ഞു അത് രഥത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ് പക്ഷെ രഥത്തെ ഓടിച്ചുകൊണ്ടുപോകുന്ന അതാരാണ് ബുദ്ധിമുട്ടു ബുദ്ധി ആണ് സാരഥി മനസ്സിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവയെ നിയന്ത്രിക്കുന്ന ആ ബുദ്ധി എങ്ങനെയുള്ള ബുദ്ധി അധ്യവസായ ലക്ഷണം അധ്യവസായം നിശ്ചയം നിശ്ചയാത്മികമായ ആ ബുദ്ധി അതാണ് സാരഥി ആ ബുദ്ധിയുടെ നിശ്ചയമനുസരിച്ച് എല്ലാം പ്രവർത്തിക്കുന്നു നല്ലത് നിശ്ചയിക്കാം ചീത്ത നിശ്ചയിക്കാം അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്തായാലും അത് നിശ്ചയസ്വരൂപിണിയാണ് ആ ബുദ്ധി അതുകൊണ്ട് പറഞ്ഞു ലക്ഷണം ബുദ്ധിം സാരഥിയും വിധി അതിന് സാരഥിയായിട്ട് മനസ്സിലാക്കൂ എന്തുകൊണ്ടതിന് സാരഥി എന്ന് പറഞ്ഞു ബുദ്ധി നേതൃപ്രധാന ബുദ്ധിയാകുന്ന നേതാവാണ് പ്രധാനം ഈ ശരീരത്തിൽ ഈ ശരീരത്തിന്റെ ഗമനത്തിന് ചലനത്തിന് ബുദ്ധിയാണിവിടെ പ്രധാനം ആ ബുദ്ധി രണ്ടു രീതിയിലും ആകാം നല്ല രീതിയിലും ചീത്തയായിട്ട് എന്തായാലും ബുദ്ധിയാണ് അവിടെ പ്രധാനം അങ്ങനെയുള്ള ബുദ്ധിയാകുന്ന നേതാവോട് നായകനോട് ഈ ശരീരം ഏതുപോലെ സാരഥി നേതൃപ്രധാന രഥസ്വാമി രഥത്തിൽ യാത്ര ചെയ്യുന്നവൻ രഥത്തിൽ വെറുതെ ഇരിക്കുന്നതേ ഉള്ളു പക്ഷെ രഥത്തിൽ നിയന്ത്രിക്കുന്ന ആരാണ് സാരഥിയാണ് സാരഥിയാകുന്ന നേതാവാണ് നായകനാണ് രഥത്തിൽ പ്രധാനി രഥയാത്രയിൽ അതുപോലെ ഇവിടെ ബുദ്ധിയാകുന്ന നായകനാണ് ഈ ശരീരയാത്രയിൽ ഈ ശരീരത്തിന്റെ സംസരണം സംസാരഗതി അതിൽ പ്രധാനിയായിരിക്കുന്ന ബുദ്ധിയാണ് ആ ബുദ്ധി നയിക്കുന്നതിനനുസരിച്ച് ശരീരം ജനന മരണങ്ങളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു അത് വിശദീകരിക്കുന്നു സർവം ഹി ദേഹഗതം കാര്യം ബുദ്ധി കർത്തവ്യമേവ്രായേണ സർവം ഹി ദേഹഗതം കാര്യം ഈ ദേഹഗതമായിരിക്കുന്ന സർവ പ്രവൃത്തികളും ദേഹസംബന്ധിയായിരിക്കുന്ന സർവപ്രവൃത്തികളും ബുദ്ധി കർത്തവ്യമേണ് അത് ബുദ്ധി കർത്തവ്യമാണെന്ന് ബുദ്ധിയാണ് അത് ചെയ്യുന്നത് ബുദ്ധിയുടെ പ്രവൃത്തിയാണ് പ്രായണ മിക്കവാറും എന്ന് പറയുന്നത് മിക്കവാറും എന്ന് പറയാൻ കാരണം ചില സഹജമായ പ്രവൃത്തികളുണ്ട് അവിടെ പ്രത്യേകിച്ച് ബുദ്ധി ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെയുള്ള സഹജമായ പ്രവൃത്തികൾ ബുദ്ധി അല്ലെങ്കിൽ ബോധപൂർവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലാതെ സഹജമായി നടക്കുന്ന ശ്വാസോച്ഛ്വാസം പോലുള്ള പ്രവർത്ത ജീവധാരകമായ പ്രവൃത്തികൾ ജീവനെ ഈ ശരീരത്തിൽ നിലനിർത്തുന്ന ചില പ്രവൃത്തികളുണ്ട് അതിൽ ബുദ്ധി പ്രത്യേകിച്ച് ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെയുള്ള പ്രവൃത്തികൾ ഒഴികെ ബാക്കിയുള്ള മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും ബുദ്ധിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അതുകൊണ്ട് ബുദ്ധിയാണ് സാരഥി മന പ്രഗ്രഹം എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കണം മന സങ്കല്പ വികൽപാതിലക്ഷണം പ്രഗ്രഹം രചന വിദ്ധി മനഹ മനസ്സിനെ വ്യാഖ്യാനിക്കുകയാണ് സങ്കല്പ വികൽപ്പാതി ലക്ഷണം സങ്കല്പിക്കുക ഇതാണെന്നറിയുക അത് സങ്കല്പം വികൽപ്പം പിന്നെ അതിനെ സംശയിക്കുക അതാണോ ഇതാണോ സങ്കല്പ വികൽപ്പാതിരൂപത്തിലുള്ളതാണ് സങ്കല്പം വികൽപ്പം മാത്രമല്ല മനസ്സിൽ പിന്നെ പലതരത്തിലുള്ള വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നു അതാണ് ആദ്യ ശബ്ദം കൊണ്ട് അതിനെല്ലാം ഗ്രഹിക്കും സങ്കല്പവികൽപാദി ലക്ഷണം സങ്കല്പ വികൽപാതി ലക്ഷണം രൂപം ആ രൂപത്തിലുള്ള മനസ്സ് മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് പറഞ്ഞാണ് അതറിയുന്നതും സംശയിക്കുന്നതുമാണ് മനസ്സ് എപ്പോഴും അറിഞ്ഞുകൊണ്ടും സംശയിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകരണത്തിന്റെ വൃത്തി പരിണാമം അതാണ് മനസ്സ് അതേ അന്ധകരണം തന്നെ ഒന്നിനെ അറിഞ്ഞ് അതിനെ നിശ്ചയിക്കുമ്പോൾ അത് ബുദ്ധിയായി മാറുന്നു ബുദ്ധി എന്ന് പറയുന്നു ആ പരിണാമത്തിന് അങ്ങനെയുള്ള സങ്കല്പവികല്പ രരൂപത്തിലുള്ള പരിണാമമായ മനസ്സ് അത് പ്രഗ്രഹം അതിന്റെ അർത്ഥമാണ് പറഞ്ഞു രചന അത് കടിഞ്ഞാണാണ് വിധി മനസ്സിലാക്കും എന്ന് മനസ്സിലാക്കണം അതൊന്നുകൂടി വിശദീകരിക്കുന്നു മനസ്സാഹി പ്രഗ്രഹീതാനി ശ്രോത്രാദീനി കരണാനി പ്രവർത്തന്റെ രചനയ മനസ്സാഹി മനസ്സുകൊണ്ട് പ്രഗ്രഹീതാനിട്ട നിയന്ത്രിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ട എന്ന അർത്ഥം പറയാം മനസ്സുകൊണ്ട് ബന്ധിക്കപ്പെട്ട ശ്രോത്രാദീനികരണാനി ശ്രോത്രാദികൾ ഇന്ദ്രിയങ്ങൾ ബാഹ്യകർണങ്ങൾ പ്രവർത്തനതയെ പ്രവർത്തിക്കുന്നു ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് അതിന്റെ പിന്നിൽ വേണം കുതിരകളെ എങ്ങനെയാണോ കടിഞ്ഞാൻ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് അതുപോലെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് രചനയശ്വാഹ അത് വിശദീകരിക്കുന്നു കടിഞ്ഞാൻകൊണ്ട് കുതിരകളെ എന്നതുപോലെ കടിഞ്ഞാൻ കൊണ്ട് കുതിരകളെ ബന്ധിച്ചിരിക്കുന്നത് പോലെ ഈ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ബന്ധിച്ചിരിക്കുകയാണ് അതിന്റെ പിന്നിൽ ബുദ്ധിയിരിക്കുന്നു സാരഥിയായി ശരീരം രഥമായിരിക്കുന്നു രഥത്തിന്റെ ഉള്ളിൽ സംസാരിയായിരിക്കുന്ന ഈ ജീവൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് രഥരൂപകം അവിടെ കടിഞ്ഞാണിന്റെ സ്ഥാനത്താണ് മനസ്സ് അതാ കടിഞ്ഞാണിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അത് പിടിച്ചു തിരിക്കുന്നതിനനുസരിച്ച് ഈ കുതിരകൾ സഞ്ചരിക്കുന്നു നല്ല വഴിയിലൂടെയും ചീത്തയായ വഴിയിലൂടെ സഞ്ചരിക്കും അതിനി വിശദീകരിക്കും അടുത്ത മന്ത്രത്തിൽ ഈ മന്ത്രത്തിൽ പ്രധാനമായി പറഞ്ഞത് എന്താണ് രഥം അത് ശരീരമാണ് ആ രഥത്തിലെ യാത്ര ചെയ്യുന്ന ജീവാത്മാവ് അല്ലെങ്കിൽ ജീവൻ ആ രഥത്തിൽ സാരഥി ആരാണ് ബുദ്ധിയാണ് കടിഞ്ഞാണ് മനസ്സാണ് അത്രയാണീ മന്ത്രത്തിൽ പറഞ്ഞത് ആത്മാനം രഥിദ്ധി ശരീരം രഥമേവുദ്ധിം സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേ നാലാമത്തെ മന്ത്രം ഇന്ദ്രി ഹയാഹു ഷയാന്ഷ ഗോചരാൻ ആത്മേന്ദ്രിമനോയുക്ത ഭഹുഷിണ അവിണ്ട ഭാഷ്യക്ഷുരാദീനി ഹു എന്നാണ് ആഹു സന്ധി പിരിക്കുമ്പോ ആഹുഗം രഥകൽ കുശലാഹ ശരീര വിശദീകരിക്കുന്നു ചക്ഷുരാദീനി ചുരാദീന്ദ്രിയുടെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എന്ന് പറയുന്നു ഈ ഇന്ദ്രിയങ്ങൾ ഹയാൻ ആഹു കുതിരകൾ എന്ന് പറയുന്നു ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ പറയുന്നു ആര് പറയുന്നു രഥകല്പനാ കുശലാഹ രഥകല്പനാ കുശലന്മാർ എന്നുവെച്ചാൽ തത്വജ്ഞാനികൾ നടത്തും ഈ ശരീരം രഥമാണ് എന്നു തുടങ്ങി ഈ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന കുശലന്മാർ ജ്ഞാനികൾ വിദ്വാൻമാർ അവർ പറയുന്നു അവരുടെ അഭിപ്രായത്തിലാണ് ഈ പറഞ്ഞതെല്ലാം ഇന്ദ്രിയങ്ങളെ കുറിച്ച് മാത്രമല്ല ഇതുവരെ പറഞ്ഞതെല്ലാം അങ്ങനെയാണ് തത്വജ്ഞാനികൾ അങ്ങനെ പറയുന്നു എന്നറക്കം അവരൂടെ രഥകല്പന കുശലന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കുതിരകളെന്ന് പറയുന്നു പറയുന്നു ശരീരരഥ ആകർഷണ സാമാന്യ കുതിരകൾ രഥത്തെ വലിച്ചുകൊണ്ടുപോകുന്നു അതുപോലെ ശരീരരഥ ആകർഷണം ആകർഷണം ചെയ്യാന്ന് വെച്ചാൽ വലിക്കുക ശരീരമാകുന്ന രഥത്തെ വലിച്ചുകൊണ്ടുപോകുന്നു അതിന്റെ സാമാന്യതയുണ്ട് തുല്യതയുണ്ട് ശരീരരഥത്തിനും പുറമെയുള്ള രഥത്തിനും ആ സമാനതയുണ്ട് പുറമെയുള്ള രഥങ്ങളെ വലിക്കുന്നത് കുതിരകളാണ് ശരീരമാകുന്ന രഥത്തെ വലിച്ചുകൊണ്ടുപോകുന്നത് ഇന്ദ്രിയങ്ങളാണ് ഇങ്ങനെ സമാനതയുള്ളത് കൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ കുതിരകൾ എന്ന് പറയുന്നു അതിൽ ഒരുപാട് സമാനതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും കുതിരകൾ വളരെ വേഗതയുള്ളവയാണ് നിയന്ത്രിക്കാൻ പ്രയാസമുള്ളതാണ് മെരിക്കിയെടുക്കാൻ പ്രയാസമുള്ളതാണ് അതെല്ലാം ഇന്ദ്രിയങ്ങൾക്കും അതേ സ്വഭാവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ധാരാളം സമാനതകൾ ഈ ശരീരത്തിന്റെ രഥവുമായിട്ടും ബുദ്ധിയും സാരഥിയുമായിട്ടും ജീവനും രഥസ്വാമിയുമായിട്ടും കുതിരകളും ഇന്ദ്രിയങ്ങളുമായിട്ടുമെല്ലാം ഉണ്ട് മനസ്സും കടിഞ്ഞാണുമായിട്ടുമെല്ലാം വളരെയധികം സമാനതകളുണ്ട് തീർച്ചയോവ ഇന്ദ്രിയേഷു ഹയത്വേന പരികൽപിതേഷു ഗോചരാൻ മാർഗാൻ രൂപാധീൻ ഭിഷയാൻ വിധി തീർച്ചയോ ഇന്ദ്രിയേഷു ഇന്ദ്രിയങ്ങൾ അതായത് കുതിരകൾ രഥത്തിൽ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ കുതിരകൾക്ക് സഞ്ചരിക്കുന്നതിനൊരു വഴി വേണം റോഡ് വേണം ഇവിടെ അതിന്റെ സ്ഥാനത്ത് എന്താണ് അത് പറയുന്നു തേഷു ഇന്ദ്രിയേഷു ആ ഇന്ദ്രിയങ്ങൾ ആകുന്ന കുതിരകൾ ഇങ്ങനെ സഞ്ചരിക്കേ അവയ്ക്ക് ഹയത്വേന പരികൽപി തേശു ഹയങ്ങളായിട്ട് കുതിരകളായിട്ട് ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ് ശ്രുതി അവയ്ക്ക് ഗോചരാൻ മാർഗാൻ അവയ്ക്ക് സഞ്ചരിക്കാനുള്ള മാർഗം വഴി ഇന്ദ്രിയങ്ങൾ സഞ്ചരിക്കുന്ന ഏതു വഴിയിലൂടെയാണ് രൂപാധീൻ വിഷയാൻ ഗുരുപരസഗന്ധസ്പശ രൂപാധി വിഷയങ്ങളാണ് കുതിരകളിൽ സഞ്ചരിക്കേണ്ട മാർഗം വഴി അതാണ് ഗോചരാൻ വിഷയാൻ എന്ന് മന്ത്രത്തിൽ പറഞ്ഞത് കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങൾക്ക് സഞ്ചരിക്കുന്നതിനുള്ള വഴിയാണ് വിഷയങ്ങൾ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ ചുരുക്കി പറഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗന്ധം എന്ന് പറഞ്ഞാൽ മതി സർവ്വ വിഷയങ്ങളും അതിൽ അന്തർഭവിച്ചു കഴിഞ്ഞു ഈ പ്രപഞ്ചത്തെ തന്നെ ഈ പഞ്ചഭൂതാത്മകമായിരിക്കുന്ന പ്രപഞ്ചത്തെ അഞ്ചായി ഭാഗിക്കാം പ്രാപഞ്ചികമായ സർവ്വ വസ്തുക്കളും സർവ വിഷയങ്ങളും ഇതിൽ അന്തർഭവിച്ചിരിക്കുന്നു അതുകൊണ്ട് രൂപാതി പഞ്ച അഞ്ച് രൂപാതികൾ ഇവയാണ് വിഷയങ്ങൾ വിഷയങ്ങളാകുന്ന വഴികളിലൂടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ഈ യാത്രയുടെ ലാഭവും നഷ്ടവുമല്ല ആർക്കാണ് സംഭവിക്കുന്നത് അതാണ് അടുത്ത് പറയുന്നത് മന്ത്രത്തിൽ ആത്മഇന്ദ്രിയത്മാനം ഭോക്തേരി സംസാരീത്യാഹു മനീഷിണ വിവേകിന് ഈ രഥസ്വാമിയായിരിക്കുന്ന ജീവൻ രഥത്തിൽ യാത്ര ചെയ്യുന്നത് സുഖപ്രദമാണ് ആ ജീവന് സുഖത്തെ നൽകുന്നു ആ സുഖത്ത് നൽകുന്നത് ആ വെറും ജീവനാണോ ഈ സുഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ജീവൻ നിരപേക്ഷമായി നിരാശ്രയമായി ഈ സുഖത്തെ അനുഭവിക്കണോ ആ ജീവന് ശരീരം ഇന്ദ്രിയം മനസ്സ് ഇതെല്ലാം ചേർന്നിട്ടാണ് ഭോക്തൃത്വം ഈ സുഖ അനുഭവത്തെ പ്രദാനം ചെയ്യുന്നു ഇതെല്ലാം കൂടി ചേർന്നിട്ട് കാരണം ഇതെല്ലാം കൂടി ചേർന്നാല് രഥം പൂർണ്ണമാകത്തുള്ളു ആ പൂർണ്ണമായാലേ യാത്ര നടക്കത്തുള്ളൂ ആ യാത്രയിലാണ് ഈ ജീവൻ സുഖ ദുഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ഭോക്തൃത്വം എന്ന് പറയുമ്പോൾ സുഖത്തിന്റെ അനുഭവം മാത്രമല്ല സുഖത്തിന്റെ അനുഭവമുണ്ട് സുഖ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് ആ ഈ ശരീരം അതിന് വേണം ഇന്ദ്രിയങ്ങൾ വേണം മനസ്സ് വേണം വിഷയങ്ങളും വേണം എന്നാലും സുഖം അനുഭവിക്കാൻ പറ്റൂ ഇവിടുത്തെ രഥസ്വാമിക്ക് ആ രഥത്തിനും അങ്ങനെ ആണ് ആ രഥത്തിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആളിന് സഞ്ചരിക്കുന്നതിന് വഴി വേണം കുതിരകൾ വേണം കടിഞ്ഞാൻ വേണം സാരഥി വേണം ആ രഥം വേണം ഇതെല്ലാം കൂടി ചേർന്നാലേ അയാളുടെ യാത്ര മുന്നോട്ട് പോകത്തുള്ളൂ ആ യാത്രയിൽ അയാൾക്ക് അനുഭവങ്ങൾ സ്വതൃത്വ അനുഭവങ്ങൾ ഉണ്ടാകത്തുള്ളൂ അതുതന്നെയാണ് ഈ ശരീരരഥത്തിലിരിക്കുന്ന ജീവന് സംഭവിക്കുന്നത് ഇവിടെ ഉഭോക്താവായിരിക്കുന്നത് പരമാത്മാവല്ല കാരണം ഹൃതം പിബന്തു എന്ന് പറഞ്ഞു സംശയം തോന്നുന്ന അവിടെ പരമാത്മാവിനും എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഇല്ല അത് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് ഇവിടെ കേവലമായ ആ പരമാത്മാവടെ ഒന്നും അനുഭവിക്കുന്നില്ല മറിച്ച് ആ ജീവൻ ആ ജീവൻ എന്ന് പറയുമ്പോൾ ജീവൻ ജീവന്റെ ജീവത്വത്തെ പൂർണമായും പ്രാപിക്കുന്നത് ഈ ശരീരം ഇന്ദ്രിയം മനസ്സ് വിഷയം ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് പൂർണ്ണമായ ജീവത്വഭാവം അതിന് വരുന്നത് അതുകൊണ്ടാണ് അതിന് ആ ജീവത്വഭാവത്തെയാണ് ഭോക്തൃത്വം എന്ന് പറയുന്നത് അനുഭവിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അനുഭവം അനുഭവം പരമാത്മാവിനല്ല ജീവാത്മാവിനാണ് സംസാരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത് ആത്മേന്ദ്രിയത്മാവ് മനസ്സ് കൂടിച്ചേർന്നിട്ട് അത് വിശദീകരിക്കുന്നു ആത്മാ ഇവിടെ ശരീരം എന്നാണ് അർത്ഥം ശരീരം ഇന്ദ്രിയം മനസ്സ് ആത്മാവിന് ചില ഭാഗത്തെ ശരീരം എന്നും അർത്ഥമുണ്ട് അങ്ങനെ അർത്ഥം പറയുന്ന ഒരു ഭാഗമാണത് ശരീരം ഇന്ദ്രിയം മനസ്സ് യോട് സഹിതം കൂടിച്ചേർന്ന സംയുക്തം അതിന്റെ അർത്ഥമാണ് ആത്മാനം എന്ന് വെച്ചാൽ ജീവാത്മാനം ജീവാത്മാവിനെ ഭോക്തരി മനീഷിന അതിനെയാണ് സംസാരി എന്ന് പറയുന്നത് ആത്മാവ് എന്നുള്ള ശബ്ദം ചിലടത്ത് പരമാത്മാവ് എന്നുള്ള ചിലടത്ത് ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും ഇവിടെ ജീവാത്മാവ് ോക്താവായിരിക്കുന്ന ജീവാത്മാവ് സുഖ അനുഭവിക്കുന്നവനായ ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അങ്ങനെ മനസ്സിലാക്കണം എന്നാണ് ഭാഷ്യൻ പറയുന്നത് ഈ ശരീര ഇന്ദ്രിയ മനോയുക്തനായിരിക്കുന്ന ഇവയെല്ലാം കൂടിച്ചേർന്നിരിക്കുന്ന ജീവാത്മാവ് ഈ ജീവിതയാത്രയിൽ സുഖ ദുഃഖങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു രഥസഞ്ചാരിയെ പോലെ എന്നാണ് മന്ത്രത്തിന്റെ താൽപര്യം അതൊന്നുകൂടി വിശദീകരിക്കേണ്ട അടുത്ത് നഹി കേവലോ ഭോക്തൃത്വം അസ്തി ബുദ്ധ്യാദി ഉപാധികൃതമേവ തസ് ഭോക്തൃത്വം നഹി കേവലത്മനഹോ കേവല പരമാത്മാവിന് കേവലാത്മാവ് പരമാത്മാവ് ആ പരമാത്മാവിന് ഭോക്തൃത്വം അസ്തി ഭോക്തൃത്വം ഇല്ല പരമാത്മാവിന് ഒരു അനുഭവമില്ല സുഖദുഖാനുഭവങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എങ്ങനെയാ പരമാത്മാവിന് ഈ അനുഭവങ്ങൾ വരുന്നു പറയുന്നു ബുദ്ധി ആദി ഉപാധികൃതമേവ ബുദ്ധി ഇന്ദ്രിയം ശരീരം മനസ്സ് വിഷയം തുടങ്ങിയ ഉപാധികൃതമേവ ഉപാധികൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് തസ്യഭോക്തൃത്വം ആ പരമാത്മാവിന് ജീവഭാവത്തിൽ വരുന്ന ഭോക്തൃത്വം പരമാത്മാവിന് ആ പരമാത്മഭാവത്തിൽ ഭോക്തൃത്വമില്ല ഭോഗ അനുഭവങ്ങളില്ല സുഖദുഃഖാനുഭവങ്ങളില്ല അതേ പരമാത്മാവിന് തന്നെ ഉപാധികൾ ഈ ശരീര ഇന്ദ്രിയ മനസ് രൂപത്തിലുള്ള ഉപാധികൾ കൂടി ചേരുമ്പോൾ ആ പരമാത്മാവിന് തന്നെ അനുഭവങ്ങൾ വരുന്നു അതാണ് ജീവഭാവം അതാണ് സംസാരം എന്നാണ് തഥാല് ശ്രുത്യാന്തരം കേവല അഭോക്തൃത്വം ദർശയി ഈ കാര്യം ശ്രുത്യാന്തരത്തിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൃഹദാരണ്യ ശ്രുതിയാണ് അതുപോലെ മറ്റനേക ശ്രുതികളിലും കേവലസ്യ ആ പരമാത്മാവിന് ആ ഭോക്തൃത്വമേവ ദർശയി ഭോക്തൃത്വമില്ല എന്നുള്ള കാര്യത്തെ കാണിക്കുന്നുണ്ട് ആ പരമാത്മാവ് സംസാരിയല്ല അതീ ശരീരത്തിലിരുന്ന് കർമ്മഫലത്തെ അനുഭവിക്കുന്നില്ല എവിടെ ധ്യായതി ഇവ ലേലായതി ഇവ എന്നിങ്ങനെ ധ്യാനിക്കുന്നത് പോലെ ചലിക്കുന്നത് പോലെ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ധ്യാനിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് ധ്യാനിക്കുന്നില്ല വാസ്തവത്തിൽ ചലിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ചലിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം നിരൂപാധികമാണ് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല ജനന മരണങ്ങൾ അവിടെയില്ല സംസാരം അവിടെയില്ല ബന്ധമോക്ഷങ്ങളില്ല പരമാർത്ഥത്തിൽ ഈ ജീവൻ എന്നാണ് ഇവിടെ ഒരു പരമാത്മാവ് ബന്ധമോക്ഷങ്ങളില്ലാതെ ജീവനിൽ നിന്നും വേറിട്ടിരിക്കുന്നു എന്നല്ല ആ ജീവൻ തന്നെ ജീവഭാവത്തിൽ സംസാരിയായിരിക്കെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ അത് നിരുപാധികമായി പരമാത്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു സംസാരമില്ലാതെയും സ്ഥിതി ചെയ്യുന്നു എന്നത് ഒരേ വസ്തുവിന് എങ്ങനെ രണ്ട് ഭാവത്തിൽ ഒരേ കാലത്ത് സ്ഥിതി പറ്റും അതിനാണ് മായ അല്ലെങ്കിൽ അവിദ്യ അജ്ഞാനം എന്നെല്ലാം പറയുന്നത് ഏവഞ്ചസതി ഭക്ഷ്യമാണ് രഥകൽപ്പന വൈഷ്ണവസ് പദസ ആത്മതയാ പ്രതിപത്തിരുപദ്ധ്യത ന അന്യഥ സ്വഭാവ അനതിക്രമാ ഏവഞ്ചസതി ഇങ്ങനെ അംഗീകരിച്ചേ പറ്റൂ എന്നാണ് ജീവൻ നിരുപാധികമായി പരമാത്മഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ജീവൻ ഒരിക്കലും ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടേയില്ല ഇത് അംഗീകരിച്ച് പറ്റൂ എന്തുകൊണ്ട് ആ ജീവൻ ആ പരമാത്മാവിന് എപ്പോഴെങ്കിലും ജീവഭാവം വാസ്തവത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനൊരിക്കലും മോക്ഷം അതിൽ ഉണ്ടാകത്തില്ല ജീവൻ എന്തെങ്കിലും സംസാരിയായി ഈ മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും മോക്ഷത്തിന് അവകാശമില്ലാതെ വരും എന്തുകൊണ്ട് ഒരിക്കലും ഒരു വസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകത്തില്ല വസ്തു സ്വഭാവത്തെ മാറ്റാനൊക്കത്തില്ല വസ്തു സ്വഭാവം അത് സ്ഥായിയായി തന്നെയിരിക്കും ഈ സംസാരം പരമാത്മാവിന്റെ സ്വഭാവമാണെങ്കിൽ അതായത് പരമാത്മാവിന് എന്നെങ്കിലും അങ്ങനെ ഒരു സംസാരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജനന മരങ്ങൾ സംഭാവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പരമാത്മഭാവം നഷ്ടപ്പെടുന്നു പിന്നീടവിടെ മോക്ഷത്തിന് അധികാരിയായിട്ട് ഒരാളില്ലാതെ വരുന്നു നിത്യമുക്തനായ പരമാത്മാവ് തന്നെ ശ്രദ്ധിക്കാതെ വരുന്നു എന്നാണ് പറഞ്ഞത് സ്വഭാവ അനതിക്രമ സ്വഭാവത്തെ അതിക്രമിക്കാൻ അസാധ്യമാണ് സ്വ സ്വരൂപത്തെ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുന്നത് അസാധ്യമാണ് ഒരു വസ്തുവിനത് സാധ്യമല്ല ലൌകികമായ ഭാഷയിൽ പറഞ്ഞാൽ അഗ്നിക്ക് അതിന്റെ ഉഷ്ണത്തെ ത്യജിക്കാൻ കഴിയത്തില്ല ദീപത്തിന് അതിന്റെ പ്രകാശത്ത് വിടാൻ കഴിയത്തില്ല തമസിന് അതിന്റെ ആഭരണ സ്വഭാവത്തെ കളയാൻ കഴിയത്തില്ല വസ്തുക്കളുടെ സ്വഭാവത്തിനൊരിക്കലും വിട്ടുപോകാൻ കഴിയത്തില്ല വിട്ടുപോകുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം ആയിരിക്കത്തില്ല അതിന് ആരോപിതമായിരിക്കും വിട്ടുപോകാൻ പറ്റും സ്വഭാവം എന്ന് പറയുന്നത് ഉള്ളതാണ് അതിന് വിടാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏവഞ്ച സതി ഇങ്ങനെ സ്വീകരിച്ചേ പറ്റൂ ഉപാധികൃതമാണ് ഈ ജീവന്റെ ഭോക്തൃത്വം പരമാർത്ഥത്തിലല്ല എന്ന് സ്വീകരിച്ചേ പറ്റൂ പക്ഷ്യമാണ് രഥകൽപ്പനയാ ഈ പറയാൻ പോകുന്ന രഥകല്പനയിലൂടെ രഥരൂപകത്തിലൂടെ വൈഷ്ണവസ് പദസ് ആത്മതയാ പ്രതിപത്തി ആ വൈഷ്ണവപദം വിഷ്ണുവിന്റെ പദം എന്ന് പറയുന്നുണ്ടല്ലോ വൈഷ്ണവ പദം വൈകുണ്ടപദം അത് ആത്മദയാ പ്രതിപത്തി ആത്മാവ് തന്നെയാണ് താൻ തന്നെയാണെന്നുള്ള ബോധം ഇങ്ങനെയാണെങ്കിലേ ഉണ്ടാകത്തുള്ളൂ അതുപോലെ ഞാൻ ആത്മബോധം ഈ രീതിയിലേ വൈഷ്ണവപദം എങ്ങനെ അറിയണം ആത്മദയാ പ്രതിപത്തി സ്വസ്വരൂപമായിട്ടുള്ള പ്രതിപത്തി ജ്ഞാനം ഈ തത്വത്തെ അംഗീകരിച്ചാലേ പറ്റൂ അപ്പോൾ അദ്വൈതത്തിന്റെ ഒരു തത്വം പരമമായ തത്വം ഇതാണ് അദ്വൈതവും മറ്റ് ദ്വൈത ദർശനങ്ങളും തമ്മിൽ വരുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം ഇതാണ് ഇവിടെ പറയുന്നത് വൈഷ്ണവ പദപ്രാപ്തി എന്ന് പറയുന്നത് സ്വരൂപപ്രാപ്തി തന്നെ മോക്ഷം എന്ന് പറയുന്നത് ഈ ജീവഭാവം കൽപ്പിതമാണ് എന്ന് സ്വീകരിച്ചാൽ മാത്രമേ മോക്ഷമെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും എന്ന് പറയുന്നത് ജീവന് സംഭവിക്കത്തില്ല എന്നാണ് അദ്വൈവ പറയുന്നത് എന്തുകൊണ്ട് ഒരു വസ്തുവിന്റെ സ്വഭാവത്തിന് മാറ്റം പാടില്ല ഒരിക്കലും മാറ്റം വരത്തില്ല പരമാത്മാവിൽ നിന്നും വേറിട്ട ഒരു ജീവനാണെങ്കിൽ വേറിട്ടിരിക്കുക എന്ന് അതിന്റെ സ്വഭാവം ആ സ്വഭാവത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല അതൊന്നും വേറിട്ട് തന്നെ ഇരിക്കും ഈ പറയുന്ന തരത്തിലുള്ള ജീവന്റെ അന്യനായ ജീവന്റെ പരമാര പരമാത്മപ്രാപ്തി എന്നുള്ളത് ഒരിക്കലും സംഭവിക്കത്തേയില്ല കാരണം ജീവൻമേറെ പരമാത്മാവ് വേറെ ഒന്നിനെങ്ങനെ മറ്റൊന്നായി തീരാൻ കഴിയും ഒന്നിനൊരിക്കലും മറ്റൊന്നാൻ കഴിയത്തില്ല അഗ്നിക്ക് അതിന്റെ സ്വഭാവത്തെ വിട്ട് മറ്റൊരു വസ്തുവാകാൻ കഴിയത്തില്ല അതുകൊണ്ട് ഈശ്വരനിൽ നിന്നും വേറിട്ടിരിക്കുന്നവർ ജീവന് ഒരിക്കലും ഈശ്വരപ്രാപ്തി അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നത് സംഭവിക്കത്തേയില്ല രണ്ട് ഒരിക്കലും ഒന്നാകത്തില്ല ഒന്നാകാൻ കഴിയത്തില്ല രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്തമായ വിരുദ്ധമായ സ്വഭാവത്തോടുകൂടിയതായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ദ്വൈത സിദ്ധാന്തമനുസരിച്ച് അങ്ങനെ സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ പരമാത്മാവ് വേറെ അത് സർവജ്ഞനാണ് അനന്ത കല്യാണ ഗുണനിധിയാണ് പരമാത്മാവ് ജീവൻ വേറെ സംസാരിയാണ് ആ ജീവൻ ഏതെങ്കിലും തരത്തിൽ ആ പരമാത്മാവിനോട് ഏകീഭവിക്കുന്നു എന്ന് കൽപ്പിക്കുന്നത് അസംബന്ധം ഒന്നാണ് അദ്വൈതിയുടെ എന്തുകൊണ്ട് രണ്ട് വ്യത്യസ്തമായ വസ്തുക്കൾക്ക് ഒന്നാകാൻ കഴിയത്തില്ല ഒരു വസ്തുവിനൊരിക്കലും അതിന്റെ സ്വഭാവത്തെ വിടാനും കഴിയത്തില്ല ജീവൻ ഒരുക്കുന്നു ആ ജീവഭാവത്തെ സത്യമായിരിക്കുന്ന എന്റെ ജീവഭാവത്തെ വിട്ടിട്ട് മോക്ഷത്തെ നേടാൻ കഴിയത്തില്ല അതുകൊണ്ട് എന്ത് സ്വീകരിക്കണം ഈ ജീവഭാവം എന്ന് പറയുന്നത് കല്പിതമാണ് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണ് പരമാർത്ഥത്തിൽ ഇല്ലാത്തതായ ഒരവസ്ഥയെ അതിന് പരമാർത്ഥത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്നു കാലത്തിലും അത് നിലനിൽക്കാത്തതാണ് ഒരിക്കലും സത്യമായി നിലനിൽക്കാത്തതാണ് ആ ജീവഭാവം വരും മിഥ്യയാണ് കൽപ്പിതമാണ് അങ്ങനെയുള്ള ഒരു ജീവഭാവം ഇല്ലാതായി അതിനെ മുക്തിയെ പ്രാപിക്കാം അതുകൊണ്ട് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് മുക്തി എന്ന് പറയുന്ന അത് സത്യമായി തീരണമെങ്കിൽ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഈ ജീവ അവസ്ഥ വെറും കൽപ്പിതമായിരിക്കണം ജീവ അവസ്ഥ എന്ന് പറയുന്ന ഒരിക്കലും സത്യമായിരിക്കാൻ പാടില്ല അത് ഒരു യുക്തിയാണ് യുക്തിപരമായി ചിന്തിച്ചാൽ അതിനെ നിഷേധിക്കാൻ സാധ്യമായി കൽപ്പിതമായ ജീവഭാവത്തെ വിട്ടുകഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ആ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നു പരമാത്മഭാവം അതാണ് മുക്തി എന്നത് നാന്യത മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു കൽപ്പന ഉണ്ട് ദ്വൈത കൽപന കൊണ്ടൊരിക്കലും മുക്തി സാധ്യമല്ല അതുകൊണ്ടാന്ന് അദ്വൈത നിഷ്ഠ അതൊന്നു മാത്രമേ മുക്തിക്ക് സഹായിക്കൂ എന്ന് അദ്വൈതകൾ സമർത്ഥിക്കുന്നത് അദ്വൈത സിദ്ധാന്തത്തിൽ സമർത്ഥിക്കുന്നു അതാണ് നമ്മുടെ ഭാഷകാരൻ പറയുന്നത് നാന്യത ജീവഭാവം കൽപ്പിതമാണെന്ന് തന്നെ സ്വീകരിക്കുക അപ്പോ അതിന്റെ യഥാർത്ഥ ഭാവം അതൊരിക്കലും വിട്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ ജീവന് ഒരിക്കലും അതിന്റെ സ്വരൂപഭൂതമായിരിക്കുന്ന അതിന്റെ സ്വരൂപമായിരിക്കുന്ന മുക്തി ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല അതിന്റെ സ്വഭാവം ഒരിക്കലും അങ്ങനെ വിട്ടുപോയിട്ടില്ല ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ് മുക്തിയാണ് അത് ഒരിക്കലും അതിനെ വിട്ടിട്ടില്ല അത് നിത്യമുക്തമാണ് പിന്നെ ഈ കാണുന്നതൊക്കെ ഈ സംസാരം അത് കല്പിതം അതില്ലാത്തതാണ് എപ്പോ ഇല്ലാത്തത് മൂന്നുകാലത്തിലും ഇല്ലാത്തതാണ് വർത്തമാനത്തിലും ഇല്ലാത്തതാണ് പിന്നെ ബന്ധ മോക്ഷങ്ങളെക്കുറിച്ചുള്ള കൽപ്പനകൾ ഇതന്നെ അവിദ്യാകാര്യം മായ അതിനെയാണ് മായാവാദം എന്ന് പറയുന്നത് ഇത് അവിദ്യാകൽപിതമാണ് ഇതൊന്നും ബന്ധവും മോക്ഷവും രണ്ടും കൽപ്പിതമാണ് എന്ന് പറയും അതുകൊണ്ട് ഈ തത്വത്തെ അംഗീകരിച്ച് തീരൂ എന്നാണ് ഒരു വസ്തുവിന്റെ സ്വഭാവം ഒരിക്കലും മാറാത്തത് കൊണ്ട് ഈ ജീവന്റെ സ്വഭാവം എന്ന് പറയുന്നത് മുക്തി തന്നെയാണ് ഇതിന്റെ സ്വഭാവം ബന്ധനമല്ല സംസാരമല്ല എന്ന് തന്നെ സ്വീകരിക്കണം സ്വഭാവ അനതിക്രമ സ്വഭാവത്തെ അതിക്രമിക്കാൻ സാധ്യമല്ല ഒന്നും അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും കാണുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു സ്വഭാവത്തെ അതിക്രമിക്കുന്നതായി പ്രപഞ്ചത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ സാമാന്യ നിയമങ്ങളെല്ലാം തെറ്റും ഇവിടുത്തെ സർവ്വ വ്യവസ്ഥകളും തകിടം മറിയും ഇവിടെ പിന്നെ ഒന്നിനെ നിലനിൽക്കാൻ കഴിയാതെ വരും എന്നറിച്ച് അഗ്നി ഉഷ്ണത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് പിന്നീടൊന്നും നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ലാതെ പിന്നെ ഒന്നിനും ഇവിടെ നിലനിൽപ്പ് ഇല്ലാതെ വരും വസ്തു സ്വഭാവം ഉണ്മ അത് എന്നും നിലനിൽക്കുന്നതാണ് അതിന് മാറ്റം സംഭവിക്കുന്നില്ല ആരോപിതമായത് കൃത്രിമമായതെല്ലാം നശിക്കും അതാണ് അദ്വൈതത്തിന്റെ പരമമായ തത്വം അതുകൊണ്ടാണ് അദ്വൈത സിദ്ധാന്തം ഇത് ശങ്കരാചാര്യർ സമർത്ഥിക്കുന്നത് മുക്തി എന്ന് പറയുന്ന ഒന്ന് യാഥാർത്ഥ്യമാവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മുക്തി എന്ന് പറയുന്നത് വെറും ഒരു കൽപ്പന മാത്രമായി തീരും അതിനാണ് അദ്വൈതത്തെ സ്വീകരിച്ചിരിക്കുന്നത് ശങ്കരാചാര്യന്റെ അഭിപ്രായം അനുസരിച്ച് മോക്ഷം എന്ന് പറയുന്ന ഒന്നുണ്ടോ അങ്ങനെ ഒന്നിനെ സ്വീകരിക്കണമെങ്കിൽ അദ്വൈതമെന്ന് പറയുന്ന തത്വത്തെ അംഗീകരിച്ചേ പറ്റൂ അദ്വൈതത്തെ അംഗീകരിക്കാതിരിക്കുന്നിടത്തോളം കാലം മോക്ഷം എന്ന് പറയുന്ന ഒന്നില്ല മറ്റ് ദ്വൈത ശാസ്ത്രങ്ങളിലെല്ലാം മോക്ഷത്തെ കുറിച്ച് പറയുന്നതോ അതൊന്നും പാരമാർത്ഥികമായ മോക്ഷമല്ല ഇന്നത്തെ അവസ്ഥയിൽ നിന്നുള്ള മോചനം അതേ അവിടെ പറയുന്നുള്ളൂ എന്നാണ് അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നേടാമെന്നുള്ള പരമാവധി ഏറ്റവും ഉയർന്ന മോഷം ആത്യന്തികമായ മോശമല്ല ആത്യന്തിക സംസാര നിവൃത്തി അതിലൊന്നിനും ഉണ്ടാകത്തില്ല അതിന് ഈ തത്വത്തെ സ്വീകരിച്ചാലേ പറ്റി ഈ തത്വഗ്രഹണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്നാണ് അതിന് ഈ തത്വത്തെ സ്വീകരിക്കണം ജീവൻ പരമാത്മാവ് തന്നെ ആ പരമാത്മ സ്വരൂപത്തിൽ അത് സദാശ്രിതി ചെയ്യുന്നു എന്നുള്ള തത്വത്തെ തന്നെ സ്വീകരിക്കണം ദ്വൈതകൽപന ലേശം പോലും അംഗീകരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഭോക്താവായിരിക്കുന്നത് ഉപാധികൃതമായ ജീവനാണ് അല്ല പരമാത്മാവല്ല എന്നുള്ള കാര്യത്തിൽ ഇവിടെ സമർത്ഥിച്ചു അന്ത്രത്തിൽ പ്രധാനമായി പറയുന്നത് ജീവനാണ് ആ ഭോക്തൃഭാവം സ്വതൃത്വ അനുഭവങ്ങൾ പരമാത്മാവിനല്ല അതാണ് ഈ മന്ത്രത്തിന്റെ തന്നെ വായിക്കാം ഹയാഹു വിഷയാൻ തീ ഗോചരാൻ ആത്മീന്ദ്രിമനോയുക്ത ഭഹു മനീഷിണ വിഷയാൻ ാണ് സന്ധി ചെയ്താണ് നമ്മൾ വിഷയാംസ്തേഷു എന്ന് വായിക്കുന്നത് ചേർത്ത് വായിക്കുമ്പോൾ വിഷയാംസ്തേഷു പിരിച്ചു വായിക്കുമ്പോ വിഷയാൻ തേശു അതുപോലെ ഭോക്താ ഇരി ആഹു എന്ന് പിരിക്കുന്നു ഭോക്തേത്യാഹു മനുഷ്യനഹ ഥകത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുക അടുത്ത മന്ത്രത്ത് യസ്ത് അവിജ്ഞാനവാൻഭവ അയുക്ത മനസേന്ദ്രി അവൈശ്വാനി ദുഷ്ടശ്വാ സാരം സതിയസ്ത ബുദ്ധ്യാഖ്യാനവാൻ അനിപണു അവികീ പ്രവൃത്തോ ഇതര രഥചരയാഗൃത അസമാഹിത മനസ പ്രഗ്രഹസ്ഥയ സുക്തോ അകുശല ബുദ്ധിസാരണീയാ ുഷ്ടാശ്വ അദാന്താശ്വ ഇവ ഇതരസാധരെ सारधेर, ഭവന്തി ഒറ്റ വാചകത്തിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ് തത്രയും സതി ഇങ്ങനെ ഇരിക്കേ തത്രം സതി അതായത് കാര്യങ്ങളെല്ലാം ഇങ്ങനെയിരിക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു രഥമാണ് ഈ ശരീരം ജീവൻ ഒരു രഥ യാത്ര നടത്തുകയാണ് ുദ്ധി സാരഥിയുടെ സ്ഥാനത്താണ് ഇന്ദ്രിയങ്ങൾ കുതിരകളെപ്പോലെ വഴി വിഷയങ്ങളാണ് മനസ്സ് കടിഞ്ഞാണാണ് എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് ബാക്കി ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ് യഹത്തു ബുദ്ധിയാഖ്യഹ ബുദ്ധിയെന്ന് പറഞ്ഞു ബുദ്ധിയെന്ന് വിളിക്കുന്ന സാരഥി അതാണ് സാരഥി എന്ന് പറയുന്നത് രസത്തെ നയിക്കുന്നയാള് ആ സാരഥി അവിജ്ഞാനവാൻ അവിജ്ഞാനവാനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണത് വ്യാഖ്യാനിക്കുന്നു ആ നിപുണ നിപുണനല്ലാതെ വന്നാൽ ഒരു സാരഥി രസത്തെ ഓടിക്കുന്നതിന് സമർത്ഥനല്ലാതെ വന്നാൽ ഇവിടെ എന്താണ് സാമർഥ്യ കുറവ് അവിവേകി വിവേകമില്ലാതിരിക്കുക വിവേകമില്ലാത്തവനാണ് സാരഥിയെങ്കിൽ ഈ ജീവന്റെ യാത്രയിൽ ബുദ്ധിയാകുന്ന സാരഥിക്ക് വിവേകമില്ലാതെ വന്നു കഴിഞ്ഞാൽ വിവേകമെന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്തിനുള്ള തിരിച്ചറിവ് പറയുന്നു പ്രവൃത്തൌച്ച നിവൃത്തൌച്ച പ്രവൃത്തിയെ സംബന്ധിച്ച് നിവൃത്തിയെ സംബന്ധിച്ചോള വിവേകം എന്താണ് പ്രവൃത്തി പ്രവൃത്തി മാർഗം അതിനെക്കുറിച്ചുള്ള ബോധം വേണം എന്താണ് നിവൃത്തി നിവൃത്തി എന്ന് പറഞ്ഞാൽ ത്യാഗം സർവകർമ്മ പരിത്യാഗം അതിനെക്കുറിച്ചും ബോധം വേണം പ്രവൃത്തി മാർഗത്തിനും ശരിയായത് തിരഞ്ഞെടുക്കണം തെറ്റിനെ വിടണം ആ ശരിയും തെറ്റും കൂടിച്ചേർന്ന പ്രവൃത്തി മാർഗത്തെ വിട്ട നിവൃത്തി മാർഗം എന്താണ് അതും തിരിച്ചറിയണം അതിനും വിവേകം വേണം പ്രവൃത്തി മാർഗത്തിലുള്ള വിവേകം നിവൃത്തി മാർഗത്തിലുള്ള വിവേകം ഇത് രണ്ടും തമ്മിലുള്ള വിവേകം പ്രവൃത്തിയും നിവൃത്തിയും തിരിച്ചറിയണം അതും പ്രയാസമാണ് പ്രവൃത്തിയിൽ തന്നെ വിവേകമുണ്ടായാലേ പ്രവൃത്തി മാർഗത്തിൽ ശരിയായ പ്രവൃത്തി മാർഗത്തിന് മുന്നോട്ട് നീങ്ങാൻ പറ്റൂ നിവൃത്തി മാർഗത്തിനും അതുപോലെ വിവേകം തിരിച്ചറിവുണ്ടായാലേ ശരിയായ നിവൃത്തി മാർഗത്തിൽ നീങ്ങാൻ പറ്റൂ ഒരു ജീവന് ആചാര്യസ്വാമികൾ പറയുന്നതനുസരിച്ച് ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ നിവൃത്തി രണ്ടിലേതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയും നിവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണം വിവേകം ഉണ്ടാവണം അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള വിവേകം പ്രവൃത്തി മാർഗത്തിലുള്ള വിവേകം നിവൃത്തി മാർഗത്തിലുള്ള വിവേകം പ്രവൃത്തി നിവൃത്തി മാർഗങ്ങൾ തമ്മിലുള്ള വിവേകം ഈ വിവേകം ഉള്ളവനാണിവിടെ വിജ്ഞാനവാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതില്ലാത്തവൻ അവിജ്ഞാനവാൻ അപ്പൊ സാരഥിക്ക് സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അറിയണം പോകുന്ന വഴിയെക്കുറിച്ചറിയണം രഥത്തെക്കുറിച്ചുള്ള ബോധം വേണം കുതിരകളെക്കുറിച്ച് ബോധം വേണം രശന കടിഞ്ഞാൺ അതിന്റെ നിയന്ത്രണത്തെ കുറിച്ചുള്ള ബോധം വേണം സർവോപരി രഥത്തിൽ ആരാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ബോധം വേണം എന്നിട്ട് വേണം രഥത്തെ ഓടിക്കാൻ അതേപോലെയുള്ള വിവേകങ്ങൾ ഈ ബുദ്ധിയാകുന്ന സാരഥിക്കും വേണം അതാണിവിടെ സൂചിപ്പിക്കുന്നത് ബുദ്ധിയാകുന്ന സാരഥയ്ക്ക് ചെറിയ ഉപയോഗമൊന്നും രഥത്തെ ഓടിക്കുന്നവന് അവൻ പോകുന്ന വഴിയെക്കുറിച്ച് ഉള്ള അറിവ് മതി പക്ഷെ ബുദ്ധിയാകുന്ന സാരഥിക്ക് അതുപോലെ ജീവന്റെ അനാദിയായ അനന്തമായ യാത്രയിലെ സുപ്രധാനങ്ങളായ രണ്ട് മാർഗങ്ങൾ പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും ഈ രണ്ടു മാർഗത്തിൽ നിന്നും വേണ്ട വിവേകങ്ങളെല്ലാം വേണം ഒന്നുകിൽ ആ ജീവൻ സഞ്ചരിക്കുന്നത് പ്രവൃത്തി മാർഗത്തിലൂടെ അറിയാം പ്രവൃത്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ വിവേകമുണ്ടായാലേ ആ പ്രവൃത്തി മാർഗത്തിൽ ധർമ്മത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റും ധർമ്മം അത് മുഖ്യമാണ് ധർമ്മം പോയിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നശിച്ചു അത് ധർമ്മത്തെക്കുറിച്ചുള്ള ബോധം അത് പ്രവൃത്തി മാർഗത്തിലുള്ള വിവേകം ധർമ്മമേ അനുഷ്ഠിക്കാവൂ അധർമ്മത്തിന്റെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കാൻ പാടില്ല ഇനി നിവൃത്തി മാർഗത്തിലേക്ക് വന്നാലോ എന്താണ് ശരിയായിട്ടുള്ള നിവൃത്തി എന്താണ് ശരിയായിട്ടുള്ള ത്യാഗം അതിനെക്കുറിച്ചുള്ള ബോധം വേണം നിവൃത്തി മാർഗത്തെക്കുറിച്ചുള്ള ബോധം എന്നാലേ നിവൃത്തി മാർഗത്തിലൂടെ അയാൾക്ക് സഞ്ചരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ അയാൾ നിന്നും ചിലപ്പോൾ പ്രവൃത്തിയിലേക്ക് പോകും നിവൃത്തിയിൽ തന്നെ ചിലപ്പോൾ അധപ്പതിക്കും അതുകൊണ്ടാണ് പ്രവർത്തവിച്ച നിവൃത്തവിച്ച രണ്ടും പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഭാഷകാരൻ പ്രവൃത്തിയിലും നിവൃത്തിയിലുമുള്ള വിവേകം ഏതൊരു ജീവനാണോ ഉള്ളത് എന്നർത്ഥം നമ്മൾ സാധാരണ പറയുന്ന തരത്തിൽ ശരിയും തെറ്റും മാത്രം തിരിച്ചറിഞ്ഞ പോരാ ഇവിടെ പറയുന്നത് മോക്ഷത്തിലേക്കുള്ള മാർഗത്തെക്കുറിച്ചാണ് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും മോക്ഷത്തിലേക്ക് ആത്യന്തികമായി മോക്ഷത്തിലെത്തിക്കുന്നതാണ് അപ്പോൾ ആ മാർഗത്തിലൂടെയുള്ള യാത്ര എന്ന് പറയുമ്പോൾ ശരിക്കും ആത്മീയ സാധനകളെ കുറിച്ചുള്ള വിവേകം തന്നെ ആ വിവേകം പ്രവൃത്തി നിവൃത്തി മാർഗത്തെക്കുറിച്ചുള്ള വിവേകം ആർക്കാണോ ഉള്ളത് വിജ്ഞാനവാൻ അവനെയാണ് വിജ്ഞാനവാനായ സാരഥി എന്ന് പറയുന്നത് അതില്ലാത്തവനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് അതില്ലാത്തവൻ യഥാ ഇത്തരഹോ രഥചര്യായ അയുക്ത എങ്ങനെയാണോ രഥചര്യ രഥസഞ്ചാരം രഥത്തെ സഞ്ചരിപ്പിക്കുക ഓടിക്കുക അതിനെ രസചര്യെന്നു പറയും അതിൽ പിടിപാടില്ലാത്തവൻ അതിൽ വേണ്ടത്ര പഴക്കവും തിഴക്കവും ഒന്നും ഇല്ലാത്തവൻ നൈപുണ്യ സമ്പാദിക്കാത്തവൻ എന്ത് സംഭവിക്കുന്നു അപ്രഗ്രഹീതേന അസമാഹിതേന മനസ്സ അവനെങ്ങനെയാണോ നശിക്കുന്നത് അതുപോലെ അപ്രഗ്രഹീതേന അതിന് വ്യാഖ്യാനിക്കുന്നു അസമാഹിതേനാ നിയന്ത്രണമില്ലാത്ത മനസ്സാ മനസ്സിന്റെ നിയന്ത്രണം സമാഹിതത്വം ഏകാഗ്രത നിയന്ത്രണം എന്നാതിൽ ഉൾപ്പെടും അതില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സർവവും നഷ്ടപ്പെട്ടു അവനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഈ ജന്മത്തിനൊന്നും പ്രതീക്ഷിക്കു പോകയില്ല വരുന്ന ജന്മങ്ങളിൽ പിന്നെ നോക്കിയ അസമാഹിതനാണെങ്കിൽ അവരുടെ മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് വച്ചാൽ പിന്നീട് മറ്റൊന്നും നേടിയിട്ട് കാര്യമില്ല എങ്ങനെയാണോ കടിഞ്ഞാൻ വിട്ടുപോയാൽ ആ രഥത്തിന് രഥസ്വാമിക്ക് കുതിരകൾക്കെല്ലാം എന്ത് സംഭവിക്കും അതുതന്നെ ആ ജീവന് സംഭവിക്കുന്നു ശരീരത്തിന് സംഭവിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് സംഭവിക്കുന്നു അതാണ് പറയുന്നത് അപ്രഗ്രഹീതേന അസമാഹിതേന മനസ്സാ മനസ്സിന് നിയന്ത്രണമില്ലാതെ വന്നു കഴിഞ്ഞാൽ പ്രഗ്രഹസ്ഥാനീയേന മനസ്സ് ഇവിടെ ആ കടിഞ്ഞാണിന്റെ സ്ഥാനത്താണ് ഏറ്റവും മുഖ്യമായിട്ടുള്ളത് മനസ്സിന്റെ നിയന്ത്രണമാണ് എന്നർത്ഥം മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോയാൽ തിരിച്ചു കിട്ടാൻ വലിയ പ്രയാസമാണ് പിന്നെ പോകുന്ന വഴിക്ക് ഓടിക്കേണ്ടി വരും രഥത്തിന് പിന്നെ കുണ്ടിലും കുഴിയിലും എല്ലാം ചെന്ന് ചാടി ഒരുപാട് അപകടങ്ങളെല്ലാം പിണഞ്ഞ് രഥം പൊളിഞ്ഞ് ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് എത്താതെ സാരഥിക്കും രഥസ്വാമിക്കുമെല്ലാം മുറിവിൻ ചതവും എല്ലാം പറ്റി വളരെ അവശ്യനിലയിലായിരിക്കും എവിടെയെങ്കിലും ചെന്ന് യാത്ര അവസാനിപ്പിക്കുന്നത് ലക്ഷ്യത്തിലല്ല അതുകൊണ്ട് ഈ മനസിന്റെ നിയന്ത്രണം എന്ന് പറയുന്നതിന് ശ്രുതി ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ് നിസ്സാരമായൊരു കാര്യമില്ല ആ പോകുന്നതുപോലെ പോട്ടെ ഇത്രയൊക്കെ കഴിയത്തുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വലിയ അപകടമായിരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്നും വരും അരുനിമിഷം പോലും മനസ്സിന്റെ നിയന്ത്രണം ഒരു സാധകൻ വിടാൻ പാടില്ല വിട്ടുകളെയും മറ്റു പലതിനു മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകളെയും അത് നിയന്ത്രിക്കുന്നു പറയാൻ പക്ഷെ പ്രവർത്തിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് പറയുന്നു സദായുക്തോഭവതി യുക്തനായിരിക്കണം അയുക്തനാകരുത് എന്നർത്ഥം അയുക്തോഭവതി എന്നും വ്യാഖ്യാനിക്കും അയുക്തനായിരിക്കണെങ്കിൽ ദോഷം യുക്തനായിരിക്കണെങ്കിൽ ഗുണം അപ്പൊ ഈ മനസ്സ് വിട്ടുപോയി മനസ് വിട്ടുപോയാലും ഈ ശരീരം ഈ ശരീരത്തിന്റെ യാത്രയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ല പക്ഷെ ആ യാത്ര തകരാറിലായിരിക്കും തസ്യ ആ കുശലസ്യ ഇത് വിട്ടുപോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു നിമിഷമെങ്കിലും വിട്ടുപോയിക്കഴിഞ്ഞാൽ ആ കുശലസ്യ ബുദ്ധിസാരഥേ ആ ബുദ്ധി സാരഥിയുടെ സാമർഥ്യക്കുറവാണത് കടിഞ്ഞാൻ വിട്ടുപോകുന്നത് ആ സാരഥിയുടെ സാമർഥ്യക്കുറവാണ് ബുദ്ധിയുടെ ബുദ്ധിക്ക് പിഴകു പിഴ പറ്റുന്നതാണ് പെശകു പറ്റുന്നതാണത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കാറുണ്ട് അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ഇന്ദ്രിയാണി അശ്വസ്ഥാനീയാനി അവശ്യാനി പിശകു പറ്റുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അപ്രമാദിത്വം എന്ന് പറയുന്നത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് മനുഷ്യ ശരീരത്തിൽ ആർക്കും അവകാശപ്പെടാമെന്നുള്ളൊരു കാര്യമുണ്ട് ആർക്കും തുടക്കക്കാരനും ഒടുക്കക്കാരനും മുന്നോട്ട് പോകുന്നവനും പിന്നിൽ നിൽക്കുന്നവനുമൊക്കെ ഈ കടിഞ്ഞാൻ വിട്ടുപോകും കുതിര വഴിതെറ്റി ഓടും കുണ്ടിച്ചന്ന് ചാടും മുറുകുകൾ പറ്റും പിന്നെ പുഴയിൽ വീണുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുന്നേറ്റ് നോക്കുന്ന ആരെങ്കിലും കണ്ടോന്നുള്ളതാണ് തനിക്കെന്ത് പറ്റി എന്നുള്ളതല്ല എല്ലാവരും അങ്ങനെ കണ്ടോ എന്ന് ചുറ്റുപാട് നോക്കി രക്ഷപ്പെടുകയാണ് പതിവ് പക്ഷേ സംഭവിക്കും ശ്രുതി ഒരു മുന്നറിയിപ്പ് തരികയാണ് ആരും കണ്ടില്ല എന്ന് വിചാരിച്ച് സമാധാനപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് പറ അതാണ് സമാധാനം ആരും കണ്ടില്ലല്ലോ എന്നുള്ള സമാധാനമാണ് തനിക്കിങ്ങനെ പറ്റി എന്നുള്ള വിധയക്കാൾ ഉപരി ആശ്വാസം തരുന്നത് തന്റെ വീഴ്ചയാലും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനമാണ് അതുകൊണ്ട് ശ്രുതി പറയുന്നു പോരാ ആ കുശലസ്യ അത് ആ കുശലതയാണ് വീഴ്ച വീഴ്ച തന്നെയാണ് ചെറുതായാലും വലുതായാലും ഒരിക്കൽ സംഭവിച്ചാലും പലതവണ സംഭവിച്ചാലും എല്ലാം വീഴ്ച അത് ദോഷം തന്നെയാണ് അതിനൊരിക്കലും നമ്മൾ സാധൂകരിക്കാൻ പാടില്ല അതും എന്തെങ്കിലും ആത്മീയ വിഭൂതികളായിട്ട് പരിഗണിച്ചു കളയരുത് അപകടങ്ങൾ അപകടങ്ങൾ തന്നെയാണ് അതിൽ നിന്ന് കരകയറണം ആരെങ്കിലും കണ്ടാലും കണ്ടില്ലെങ്കിലും രണ്ടും ഒരുപോലെ തന്നെയാണ് കാണുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ചിലപ്പോൾ നന്നായെന്ന് വരും കണ്ടില്ലെങ്കിൽ വീണ്ടും അത് പതിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക തസ്യഅ അകുശലസ്യ ബുദ്ധിസാരഥി ആ ബുദ്ധിസാരഥി അത് അകുശലനാണെങ്കിൽ സാമർഥ്യമില്ലാത്തവനാണെങ്കിൽ ഇന്ദ്രിയാണി അശ്വസ്ഥാനീയാനിന്ദ്രിയങ്ങൾ അത് കുതിരയുടെ സ്ഥാനത്താണ് ഇവിടെ ഈ ശരീരത്തിൽ കുതിരകളുടെ സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് കുതിര എന്ത് ശക്തിയുള്ള ഒരു മൃഗമാണ് നിയന്ത്രിക്കാൻ മൃഗങ്ങളിൽ അങ്ങേയറ്റം പ്രയാസമുള്ളതാണ് എന്നാൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വളരെയധികം വേഗത്തിൽ ഈ യാത്രയെ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതുമാണ് ഇന്ദ്രിയങ്ങൾ അതാണ് ഇന്ദ്രിയാണി അസ്വസ്ഥാനിയാനി അന്യവശ്യാനി സാരഥിയുടെ നിയന്ത്രണം വിട്ടാൽ കുതിര അതിന് തോന്നുന്ന അതിന് അതിന് ഇഷ്ടമുള്ള വഴിയെ പോകും അതിന് ഇഷ്ടമുള്ള വഴിയെന്ന് പറഞ്ഞാൽ വിഷയങ്ങളുടെ വഴിയെ സഞ്ചരിക്കുന്നു ബുദ്ധിയാകുന്ന സാരഥി അതിന്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ പിന്നീട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ അതിന്റെ യഥേഷ്ട ആചരണം നടത്തും അതാണ് ഇന്ദ്രിയണി അവശ്യാനി നിയന്ത്രണമില്ലാതെ ഓടുന്നു അശക്യ നിവാരണീയക്യനിവാരണ തടയാൻ കഴിയാത്ത രീതിയിൽ അതായത് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകഴിഞ്ഞാൽ അതിൽ അലംഭാവം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അനു തടയാൻ പറ്റത്തില്ല പോകുന്ന വഴിയെ വിടുക എന്നുള്ളതല്ലാതെ പിന്നെ അന മനസ്സിനെ പിടിച്ചു നിർത്തി നേരെ വഴി കൊണ്ടുവരാൻ സാധിക്കത്തില്ല കാരണം അതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും കാരണം വാസനകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ദുർമാർഗത്തിലൂടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ ഓരോ നിമിഷവും അത് പുതിയ പുതിയ വാസനകൾ സഞ്ചരിക്കും ആ വാസനകൾ പെരുകും പിന്നെ ആ വാസനകളൂടി ചേർന്ന് അനേക അനാദി ജന്മങ്ങളിലെ വാസനകളോടൊപ്പം പുതുതായി സംബന്ധിക്കുന്ന സമ്പാദിക്കുന്ന ഈ വാസനകളോടുകൂടെ പിന്നെ മനസ്സിനെ നയിച്ചുകൊണ്ടിരിക്കും ഇന്ദ്രിയങ്ങൾ നയിച്ചുകൊണ്ടിരിക്കും പിന്നെ രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതുമില്ലാതെ വരും അങ്ങനെ നശിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഇവിടെ പറഞ്ഞ അശക്യനിവാരണി നിവാരണ പിന്നെ ഇങ്ങനെ പോകുന്ന വഴിയിൽ നിന്ന് പിടിച്ച് മാറ്റാൻ കഴിയത്തില്ല ഒരാൾ ഒരു തവണ ആ സത്പഥത്തിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ എത്ര കാലം അയാൾ ആ സന്മാർഗത്തിൽ സഞ്ചരിച്ചവനായാലും ശരി ഒരു തവണ അയാൾക്കൊരു വ്യതിചലനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത്രയും ദുർവാസനകൾ കൂടി അയാൾ കൂട്ടിച്ചേർക്കുകയാണ് ആ ദുർവാസനകളായിരിക്കും പിന്നീട് അയാളെ നയിക്കുന്നത് എന്നുവെച്ചാൽ പിന്നീട് അടുത്ത നിമിഷം വീണ്ടും രക്ഷപ്പെടാൻ ഉള്ള പഴുതും നഷ്ടപ്പെടുകയാണ് വീണ്ടും കൂടുതൽ കൂടുതൽ ആ വഴിക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കും ആരും കണ്ടില്ലായെന്നിരിക്കും പക്ഷെ പോകുന്ന വഴി വളരെ മോശമായിരിക്കും അശക്യ നിവാരണി പറയുന്നു പക്ഷേ ഇതാരും പറയുന്നത് തടയാൻ പറ്റത്തില്ല ആ ദുർമാർഗത്തിലൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും പിന്നീട് എത്ര ബോധപൂർവം പരിശ്രമിച്ചാലും എത്രയൊക്കെ അഭ്യാസങ്ങൾ കാണിച്ചാലും പ്രാണായാമം ചെയ്താലും പ്രത്യാഹാരം ചെയ്താലും എന്തൊക്കെ ചെയ്താലും ശരി ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ മനസ്സ് വീണ്ടും പഴയതുപോലെ തന്നെയായിരിക്കും മനസ്സിന്റെ ഒരു വിശേഷതയാണത് ദുഷ്ടാശ്വാ അതുകൊണ്ടാണ് ഇവിടെ ഇന്ദ്രിയങ്ങളെ ദുഷ്ടാശ്വങ്ങളെന്ന് പറഞ്ഞത് തെറ്റിപ്പോയോ പിന്നെ ആ വഴി തന്നെ ശരിയായ വഴിയെ കൊണ്ടുവരാൻ മിക്കവാറും അസാധ്യം തന്നെ എന്നല്ല അദന്താശ്വാഹ അദന്തങ്ങൾ ദമനമില്ലാത്ത നിയന്ത്രിക്കാൻ കഴിയാത്ത കുതിരകളെപ്പോലെ ആയി പോകുന്നു ഇന്ദ്രിയങ്ങൾ അതാ വഴിയെ തന്നെ ഓടിക്കൊണ്ടേയിരിക്കുന്നു പുതുതായി സമ്പാദിക്കുന്ന വാസനകൾ അതിന് ശക്തി കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ഇവ ഇതര സാരഥേർ ഭവന്തി ഈ വിവേകമില്ലാത്ത സാധ്യതയുടെ കുതിരകൾ അത് അദന്താശ്വങ്ങളായി ദമനമില്ലാത്ത നിയന്ത്രണമില്ലാത്ത കുതിരകളായി തന്നെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും പിന്നെ അടുത്ത ജന്മം നോക്കിയാൽ മതി വർത്തമാന ജന്മം പങ്ക് വിട്ടയ്ക്കുക അതേപിന്നെ നിവൃത്തിയുള്ളൂ രീതിയിൽ എത്തിച്ചേർന്നു എപ്പോ വിവേകം നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന പ്രവൃത്തിയെക്കുറിച്ചും നിവൃത്തിയെക്കുറിച്ചും അതിനുള്ള സൽമാർഗ്ഗത്തെക്കുറിച്ചുള്ളത്മീയ മറ്റ് പോട്ടെ ഒരാത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായിട്ടുള്ളതാണ് സദാചാരത്തിന്റെ പാഠം സദാചാരം എന്ന് സദാചാരത്തിൽ നിന്ന് പിഴച്ചുപോയാൽ വാസനാപ്രേരിതനായി പിഴച്ചുപോയാൽ ഏതെങ്കിലും കാരണം വച്ചാൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അധപ്പതനമായിരിക്കും അതെന്താശ്വങ്ങളായിത്തീരും അയാളുടെ ഇന്ദ്രിയങ്ങൾ പിന്നെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയത്തില്ല പിന്നെ അധപ്പതനമായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഈ മന്ത്രത്തിൽ ശ്രുതി പറയുന്നത് അതുകൊണ്ടത് സൂക്ഷിക്കുക അത് നമുക്കൊരു മുന്നറിയിപ്പാണ് ഒരുവൻ എത്ര മേളിലെത്തിയെന്ന് കരുതിയാനും അവകാശപ്പെട്ടാലും ശരി അവിടെ നിന്നെല്ലാം ഈ പതനം സംഭവിക്കാം അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ വായിക്കാം എസ്തു അവിജ്ഞാനവാൻ ഭവതി പിന്നീതിന്റെ ശരിയായ ഭാഗം പറയും കാരണം ശ്രുതി എന്നെ പറയുന്ന ക്രമത്തിൽ തന്നെ ആദ്യം വഴിപഴച്ച യാത്രയെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത് പിന്നെയാണ് ശരിയായ മാർഗത്തെ കുറിച്ച് പറയുന്നു എന്തുകൊണ്ട് കാരണം എല്ലാവരും നിൽക്കുന്നത് പിഴച്ച വഴിയിലാണ് ശരിയായ വഴിയിലല്ല സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ജീവൻ അതുകൊണ്ടാണ് അതിന് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ശരിയായ വഴി പറയുന്നു അടുത്തു യസ്തു വിജ്ഞാനവാൻ ഭവതി യുക്തേന മനസാസദാസേന്ദ്രിയശ്യാനി സദശ്വാ സാര പുനഃ പൂർവോക്പരീത സാരധിവാൻ പ്രഗൃഹമന സമാതച്ചി സദാ തനിന്ദ്രിയാണി പ്രവർത്തനം നിവർത്തയിതും വാശ്യാനി വശ്യാനി ദാന്ത സദശ്വ ഇവരസാര ഏതൊരുവിനാണോ പുനഃ പൂർവോക്ത വിപരീത മുൻ മന്ത്രത്തിൽ പറഞ്ഞതിൽ നിന്നും വിപരീതമായിട്ട് ഉള്ള സാരഥിയായിരിക്കുന്നവൻ ഇത് രഥയാത്രികനെക്കുറിച്ച് പറയുകയാണ് ആർക്കാണോ ഒരു നല്ല സാരഥിയെ കിട്ടുന്നത് ദീർഘയാത്ര ചെയ്യുന്ന ഒരു യാത്രിക്ക് ഒരു നല്ല സാരഥിയെ കിട്ടിക്കഴിഞ്ഞാൽ ഭഗവതി എങ്ങനെയുള്ളവനായിരിക്കണം ആ സാരഥി വിജ്ഞാനവാൻ നൈപുണ്യമുള്ളവനായിരിക്കണം വിവേകമുള്ളവനായിരിക്കണം ഏത് മാർഗത്തിലൂടെ കുതിരകളെ എങ്ങനെ നിയന്ത്രിച്ചാൽ ലക്ഷ്യത്തിലെത്തിച്ചേരും എന്ന് ബോധമുള്ളവൻ വിജ്ഞാനവാൻ പ്രഗൃഹീതമനാഹ അവന്റെ കടിഞ്ഞാൻ അവന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം അതിനെ നിയന്ത്രിക്കാനുള്ള പ്രാഗത്ഭ്യം അവനുണ്ടായിരിക്കണം സമാഹിതചിത്ത അവന്റെ മനസ്സിന് നിയന്ത്രണം ഉണ്ടായിരിക്കണം ആ ബുദ്ധി മനസ്സിനെ ബുദ്ധി മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം അങ്ങനെയാണെങ്കിൽ സദാ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവനെപ്പോഴും സുഖമായിരിക്കും അശ്വസ്ഥാനീയാന ഇന്ദ്രിയാണി ആ കുതിരകളെ പോലെയുള്ള ഇന്ദ്രിയങ്ങളെ പ്രവർത്ത ചെയ്തും നിവർത്ത ചെയ്തും വാശിക്കാനും പ്രവർത്തിപ്പിക്കാനും നിവർത്തിപ്പിക്കാനും കഴിയും വേണ്ട സമയത്ത് നിർത്താനും വേണ്ട സമയത്ത് ഓടിക്കാനും ശരിയായ വഴിയിലൂടെ ഓടിക്കാനും ലക്ഷ്യത്തിലെത്തിക്കാനും എല്ലാം കഴിയും ആ ബുദ്ധിയാകുന്ന സാരധിക്ക് വശ്യാനി സ്വാധീനമായിരിക്കുന്നു ആ ബുദ്ധിയാകുന്ന സാരഥിക്ക് ദാഹ ദമനം ചെയ്യപ്പെട്ടവയായിരിക്കും അവൻ്റെ ആ കടിഞ്ഞാൺ മനസ്സാകുന്ന കടിഞ്ഞാൺ ഉപയോഗിച്ച് ബുദ്ധിയാകുന്ന സാരഥി ആ ഇന്ദ്രിയങ്ങളെ ദമനം ചെയ്യുന്നു ശരിയായ വഴിക്ക് നയിക്കുന്നു സദശ്വായവ ഇതര സാരഥി ഈ സാരഥിയുടെ എന്താണ് കുതിരകൾ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ അത് സദശ്വങ്ങളെപ്പോലെയാണ് എങ്ങനെയാണോ നല്ല കുതിരകൾ ശരിയായ സാരഥി ഒരു രഥത്തിൽ ബന്ധിച്ച് രഥം ഓടിക്കുന്നത് അതുപോലെ ആയിത്തീരും അതുപോലെ ആയിത്തീരുന്നു ജീവൻ ഇപ്പൊ ജീവൻ രണ്ടു തരത്തിലാണ് ഈ പറയുന്ന രണ്ടാമത്തെ ജീവൻ യാത്ര സുഖരമായിരിക്കും സുഖകരമായിരിക്കും എന്തുകൊണ്ട് ആ ജീവനിന്റെ ബുദ്ധിയാകുന്ന സാരഥി മനസാകുന്ന ആ കടിഞ്ഞാൺ ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ വഴി വിഷയങ്ങൾ തന്നെ പക്ഷെ അത് ശരിയായ വിഷയങ്ങളിലൂടെ ഓടിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേർന്നു എന്നാണ് അതിനെ വളരെ ചുരുക്കി വ്യാഖ്യാനിച്ചിരിക്കുകയാണ് ഭാഷകാരന് കാരണം ഇത് കൂടുതൽ വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല പ്രയോജനമില്ല എന്നറിയാം അതുകൊണ്ടാണ് കാരണം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സഹജമായി മനുഷ്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ മന്ദിരത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവശന്മാരായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിയാണ് പറഞ്ഞത് ജീവന്മാരല്ല രണ്ടാമത് പറയുന്നത് വിവേകം ആർജിച്ച് ബോധപൂർവ സഞ്ചരിക്കേണ്ട വഴിയാണ് അതിന് ആ ബുദ്ധിയാകുന്ന സാരഥിക്ക് വേണ്ടത്ര വിവേകം വേണം മനസ്സാകുന്ന കടിഞ്ഞാറിന് വേണ്ടത്ര ബലം വേണം ആ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾക്ക് വേണ്ടത്ര വകതിരിവ് വേണം എന്നാൽ ശരിയായ വഴിക്ക് അതിന് സഞ്ചരിക്കാൻ പറ്റും ദാന്തങ്ങളായിരിക്കണം നിയന്ത്രണങ്ങളായിരിക്കണം ഇത് വളരെ കഷ്ടപ്പെട്ട് ആർജിക്കേണ്ട ഒന്നാണ് ശ്രുതി എന്തിനാ പറയുന്നു എന്നാണ് കാരണം ഇത് നമ്മൾ അറിഞ്ഞത് തന്നെ ശ്രുതി പറഞ്ഞിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട് അവരും ഇതറിഞ്ഞത് ശ്രുതി പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു വഴിയുണ്ട് ഇങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് സഹജമായി ഇതാരും അറിയുന്നില്ല ഒരു ജീവനും അറിയുന്നില്ല സഹജമായ വാസനകളൊന്നും ഈ ശരിയായ സഞ്ചാരത്തിന് ഉതകുന്നതല്ല ജീവനിലിരിക്കുന്ന വാസനകൾ അവിദ്യാവൃതമായ വാസനകളൊന്നും ഇതിന് സഹായിക്കത്തില്ല അത് ഗുരുക്കന്മാരിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നുമാണ് ഈ ശരിയായ വഴിയെക്കുറിച്ച് അറിയുന്നത് ഇത് പറയുന്ന എന്തിന് ഇത് പറയുന്നത് ഇത് സദാ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള മുഖ്യമായ സാധന എന്ന് പറയുന്നത് ഇതിനെ വിസ്മരിക്കാതിരിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഈ ഇന്ദ്രിയങ്ങൾ ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നത് മനസ്സാകുന്ന രചന അതിന്റെ നിയന്ത്രണം വിട്ടുപോകുന്നത് ഇത് വിസ്മരിക്കുമ്പോഴാണ് ഈ സാരഥി ബുദ്ധി ഇതിനെ വിസ്മരിക്കുമ്പോഴാണ് ബുദ്ധി വിസ്മരിച്ചു പോകും അത് വിസ്മരിക്കാതിരിക്കുക എന്നാണ് എന്നുവെച്ചാൽ നിരന്തര ഇതിനെ ഓർത്തിരിക്കുക ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കുക അതിനാണ് നേരത്തെ പറഞ്ഞത് വിവേകമെന്ന് പറഞ്ഞത് ഇതിനെ ഓർത്തിരിക്കാമെങ്കിൽ തീർച്ചയായും അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ പറ്റും അതിനെ ഒഴിവാക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനൊന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും രണ്ടിനേതെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് വിസ്മരിച്ചു കഴിഞ്ഞാൽ ഏതു വഴിയെയാണ് പോകുന്നതെന്നുള്ളത് ഈ അപകടങ്ങളെല്ലാം പിണഞ്ഞതിന് ശേഷമേ തിരിച്ചറിയത്തുള്ളൂ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പിന്നെ തിരിച്ചറിഞ്ഞിട്ട് പ്രയോജനമില്ലാതെ വരും അതുകൊണ്ട് നിരന്തരം ഇതിനെ സ്മരിക്കുക ഈ രഥ രൂപകത്തെ മനസ്സിൽ നിന്നൊരിക്കലും വിടാതിരിക്കുക ശ്രുതി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നു ഈ വിവേകത്തെ ഒരിക്കലും നമ്മളെ മനസ്സിൽ നിന്ന് വിടാതിരുന്നുകഴിഞ്ഞാൽ അത് വലിയ പരുക്കൊന്നും പറ്റാതെ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കും അതുകൊണ്ടാണ് നിരന്തരമായ ഈ സത്സംഗം ആവശ്യമാണെന്ന് പറയുന്നു നിരന്തരം ഈ വിചാരത്തിൽ ഇതിനെക്കുറിച്ചുള്ള ബോധത്തിൽ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് ശ്രുതി പറയുന്നത് ഇനി പറയാൻ പോകുന്നത് ജാഗ്രത എന്ന് പറയുന്നതാണ് ആന്തരികമായ ഉണർവ് ഈ ഉണർവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ആശ്രമത്തിൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ടോ സേവനങ്ങൾ ചെയ്യുന്നുവെന്ന് പറഞ്ഞിട്ടോ ഗുരുവിന് ലഭിച്ചുവെന്ന് പറഞ്ഞിട്ടോ ശാസ്ത്രം ശ്രവണം ചെയ്തിട്ടുണ്ടെന്ന് കരുതിയിട്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല ഈ ജാഗ്രത അവന്റെ ഉള്ളിൽ ഇല്ല എങ്കിൽ ഏത് ദിവ്യമായ സന്നിധാനത്തിനായാലും ശരി മഴിപ്പോവും തെറ്റിപ്പോവും ശരിയായ മാർഗ്ഗത്തിൽ ഒരുവന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് ഇനി പറയും ഉപനിഷത്തിന്റെ ജാഗ്രത കഴിഞ്ഞ ദിവസം ചോദിച്ചല്ലോ ജാഗ്രതയുടെ അർത്ഥം ഇത് തന്നെയാണ് അതിന്റെ അർത്ഥം ആ ജാഗ്രത ഉള്ള ഉണർവ് ഏതുസമയം ഉണ്ടായിരുന്ന ഈ വിവേകം ഇന്ന വഴി അപകടമാണ് ഇന്ന വഴി പോയി കഴിഞ്ഞാൽ ഇന്നതൊക്കെ സംഭവിക്കും ഇതാണ് ശരിയായ വഴി ഒരിക്കലും വീഴ്ചകളെ സാധൂകരിക്കാതെ വീഴ്ചകളെ വീഴ്ചകളായി തന്നെ മനസ്സിലാക്കി അതിന് ആത്മീയ സർക്കസുകളായിട്ടൊന്നും കണക്കാക്കാതെ ശരിയായ വിവേകത്തോടു കൂടി എല്ലാ വീഴ്ചകളെയും ഒഴിവാക്കി ഒരാൾ മുന്നോട്ട് പോയാൽ അതിനാണ് ശ്രീതി നമ്മളെ ഇത് പഠിപ്പിക്കുന്നത് എന്ത് വീഴ്ച സംഭവിക്കാമോ അതിനെ ഒഴിവാക്കുക ഒഴിവാക്കി അതിനുള്ള മനോബലം കൊണ്ട് അതിനെ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ഒരാൾക്ക് രക്ഷപ്പെടാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സദസ്വാഹ എപ്പോഴും നല്ല കുതിരകളുമായിട്ട് ഈ യാത്ര ചെയ്യുക ദാന്ത ദമനം ചെയ്യപ്പെട്ട കുതിരകൾ ഇന്ദ്രിയങ്ങൾ അതിന്റെ സഹായത്തോടുകൂടി ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുക എന്നാൽ മാത്രമേ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ ജീവിതം വ്യത്ഥമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രീ നമ്മെ പഠിപ്പിക്കുന്നത് വായിക്കാം യുക്തേന മനസാസ സദശ്വാ സാരസ്മരണയോടുകൂടി അവസാനിപ്പിക്കുക